कस्मेन विभासीयमु ज्ञान प्रदीप पुरा तद्रूपेण जुनए कृष्णा तद्रूपिणा योगींद्रा तदात्मना भगवद्राताय कारुण्यत तुद्ध विमल विशोकमृत सत्य परं धीमे कृष्णा वासुदेवाय हरिए पत्मे പ്രണതക്ലേശനശാ ഗോവിന്യ നമോ നമ യോന്ത് പ്രവിശ്യമമമ വാചയിമാസുപത സഞ്ജീവയഖിലശക്തിധരസ്വധ്യംശഹസ്തരണവണത്വാദീൻ പ്രാണന്നോ ഭഗവത്തെ പുരുഷാഭ്യം ഭക്തമാതിാവാസ്മ തത്തോമാം തത്വത്തോ ജ്ഞാ വിശദേ തദനന്തരം ഭക്തി കൊണ്ട് ഭഗവാനെ അടുത്തറിയാൻ കഴിയും അഭിജാനാതി യാവാൻ യശാസ്മി തത്വ ഭഗവാൻ ആരാണെന്നും എന്താണെന്നും ഭഗവാന്റെ സ്വരൂപം എന്താണെന്നും ഒക്കെ താത്വികമായിട്ട് അറിയാൻ കഴിയും വിശദേ തദനന്തരം अंतरम विना भक्ति अुभविकेने भगवानी प्रवेश भक्ति जाति कुल आश्रम लिंगभेद याद भेद शर आश्रो भक्ति जीवन आश्रो जीवन ईश्वरन बंधवाड़ो भक्ति जीवन स्त्री पुषनिया ब्राह्मणनिया शूद्रनु ഇന്ത്യയിലുള്ള ആളുമില്ല അമേരിക്കയിലുള്ള ആളും ഇല്ല എല്ലാവർക്കും ഭക്തി മനസ്സിലാവും അതുമാത്രല്ല ഭാഗവത സിദ്ധാന്തം രാക്ഷസൻ എന്നുള്ള ഭേദം ഇല്ല ദേവൻ എന്നുള്ള ഭേദമില്ല അസുരൻ എന്നുള്ള ഭേദമില്ല ഇന്നലെ നമ്മൾ കണ്ടു പ്രഹ്ലാദന്റെ ഭക്തി അസുരവംശത്തിൽ ജനിച്ചിട്ടും ഭക്തിക്ക് കുറവില്ല അസുരൻ എന്നുള്ളത് ശരീരത്തിനെയാണ് അസുരൻ എന്ന് പറയുന്നത് ശരീരമാണോ നമ്മളുടെ സ്ഥിതി ഇവിടെ ഒരു ഉപാഖ്യാനം ആറാമത്തെ സ്കന്ധത്തിൽ നമ്മൾ ഇന്നലെ വിട്ടത് ഇന്നിപ്പോ തുടർന്നു പറയുകയാണ് അത്ഭുതമായ ഭക്തിയുടെ ഉപാഖ്യാനം അത്ഭുതമായ ഒരു സ്തുതി ഭാഗവതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട സ്തുതികളിലെ ദേവലോകത്തിലെ ഉപാഖ്യാനമാണ് ഒരിക്കൽ ദേവേന്ദ്രൻ ബൃഹസ്പതിയെ അപമാനിച്ചു ബൃഹസ്പതി ദേവപുരോഹിതം ബൃഹസ്പതിയെ ദേവേന്ദ്രൻ അപമാനിച്ചു ബൃഹസ്പതി ദേവലോകത്തൊന്ന് മറഞ്ഞുപോയി നിങ്ങൾക്കിപ്പോ എന്നെ വേണ്ടെങ്കിൽ നിങ്ങളെ എനിക്കും വേണ്ടെന്ന് പറഞ്ഞാൽ അദ്ദേഹം പറഞ്ഞു അസുരന്മാർക്ക് പുരോഹിതനുണ്ട് ശുക്രാചാര്യർ അദ്ദേഹം പറഞ്ഞു കൊടുത്താണ് അസുരന്മാര് പുരോ ശുക്രാചാര്യർക്ക് അടങ്ങി ജീവിക്കുന്നു അസുരന്മാർ ദേവന്മാർ ബൃഹസ്പതിക്ക് വഴങ്ങി കൊടുക്കണില്ല ഇപ്പൊ ദേവന്മാർക്ക് പുരോഹിതൻ ഇല്ലാതായി ദേവൾക്ക് അവളോട് വാദ്യം ഇറങ്ങിപ്പോയിട്ടേവാൾക്ക് രൊ കഷ്ടമാ ബൃഹസ്പതിയെ തേടി പാത്താ എങ്കുമേ കിടക്കല ബ്രഹ്മ വിട്ട പോയി കേക്കറ ബ്രഹ്മ ചെന്നാർ തൊഷ്ടവിടെ പുള്ള ഒരു കാരണം അവർ വിശ്വരൂപേര് തിരുശിരസ് എന്നൊരു പേര് അവർക്ക് മൂന്ന് തലേ ഒന്ന് മനുഷ്യഭാവം അസുരഭാവം ദേവഭാവം സോമപീഥം സുരാപീധം അന്നാദം വിശ്വരൂപനെ ചെന്ന് വിളിക്കാൻ പറഞ്ഞു പുരോഹിതനായിട്ട് ദേവന്മാർ ചെന്നു നമസ്കരിച്ചു അദ്ദേഹം പറഞ്ഞു അയ്യോ നമസ്കരിക്കരുത് നിങ്ങളൊക്കെ എനിക്ക് വയസ്സിന് മൂത്തവരാണ് നമസ്കരിക്കരുത് ഏ അങ്ങനെയില്ല വേദാധ്യയനം ചെയ്തിട്ടുള്ള ആൾക്ക് എത്ര വയസ്സാണെങ്കിലും നമസ്കരിക്കാം അങ്ങനെയാണോ ഇപ്പൊ ശാസ്ത്രം എന്നൊക്കെ ഇന്ദ്രൻ ശാസ്ത്രം പറഞ്ഞു നമസ്കരിച്ചു ഞങ്ങൾക്ക് പുരോഹിതനായിട്ടിരിക്കണം എന്ന് പ്രാർത്ഥിച്ചു വിശ്വരൂപൻ പറഞ്ഞു അതൊരു ഗതികെട്ട ജോലിയാണ് വികർഹിതം ധർമ്മശീലൈഹി ബ്രഹ്മപത്സ ഉപ്യയം കഥമും അദ്വിധോനാഥാഹ ലോകനാഥൈ ലോകേഷേ അഭിയാചിതം നമ്മൾ കഷ്ടപ്പെട്ട് തപസ് ചെയ്ത് സന്ധ്യാവന്തനാദികളെ അനുഷ്ഠിച്ച് ഗായത്രി ജപം ചെയ്ത് ബ്രഹ്മതേജസ്സിനെ ഒരുവിധം ശേഖരിച്ചു വെച്ചത് മുഴുവൻ ഈ പുരോഹിത കർമ്മം കൊണ്ട് അവർക്ക് കൊടുക്കും എന്നിട്ട് ചിന്താമണി കൊടുത്തിട്ട് കുപ്പിച്ചില്ല്ല് വാങ്ങിക്കണ പോലെ ഈ തപസ്സിനെ കൊടുത്തിട്ട് അവരുടെ കയ്യിൽ കുറച്ച് പണം വാങ്ങിക്കും അപ്പൊ ബ്രഹ്മവർച്ച ഉപവ്യം ബ്രഹ്മവർച്ചസിനെ ഇങ്ങനെ വ്യർത്ഥമാക്കിക്കളയുന്ന ഈ പൗരോഹിത്യ പണി എനിക്ക് വേണ്ട പൗരോഹിത്യ പണി ചെയ്തിട്ടില്ലെങ്കിൽ എങ്ങനെ ജീവിക്കും എന്ന് വെച്ചാൽ പല മാർഗങ്ങളുണ്ട് ഒന്ന് ഭിക്ഷ ഉഞ്ചവൃത്തി എതിർച്ചാ നാമസങ്കീർത്തനം ചെയ്തുകൊണ്ട് കയ്യിൽ പാത്രം വെച്ചുകൊണ്ട് പോവുക ആരെങ്കിലും ആ പാത്രത്തിൽ ഇടുന്നത് വാങ്ങിച്ചുകൊണ്ട് വരിക മതി അതിനേക്കാളും ശ്രേഷ്ഠമായ ഒരു മാർഗമുണ്ട് ശിലോഞ്ചവൃത്തി ഒരിടത്ത് ഇരിക്കുക എന്നൊരു സമ്പ്രദായമുണ്ട് ഒരിടത്ത് അനങ്ങാതെ ഇരിക്കുക ചില പോലെ ഇരിക്കുക ആരെങ്കിലുമൊക്കെ കൊണ്ടുവന്ന് കൊടുത്താൽ കഴിക്കുക അങ്ങനെ വരും ഞാൻ അവിടെയും പോവില്ല മറ്റൊരു മാർഗം ഈ പാടത്ത് നെല്ലൊക്കെ കൊയ്തിട്ടിട്ട് ഇന്നത്തെ പോലെ പക്ഷികളും മറ്റ് പ്രാണികളെയൊക്കെ കൊല്ലുക എന്നുള്ള പതിവില്ല കുറച്ച് അവരവർക്ക് വേണ്ടത് എടുത്തിട്ട് പാടത്തുള്ള നെല്ലൊക്കെ കുറെ ബാക്കി വെക്കും അത്രേ എന്തിനാന്ന് എലി തിന്നണം പക്ഷികൾ തിന്നണം അവർക്കൊക്കെ വേണം ഭക്ഷണം അവർക്കായിട്ട് വയ്ക്കും അവരൊക്കെ ഭക്ഷിച്ചു കഴിഞ്ഞ് ബാക്കിയുള്ളത് അവിടെ വീണ് കിടക്കുന്നത് പെരുക്കിയെടുത്തുകൊണ്ടുവന്ന് അത് അത് പാകം ചെയ്ത് ഭക്ഷിക്കുക അത് അതുകൊണ്ട് ആരോടും ചോദിക്കുകയോ ഒന്നും ചെയ്യാതെ ആരെയും ഹിംസിക്കാതെ എതിർച്ചയാ ഈ കിട്ടുന്ന ഭക്ഷണം വെച്ചുകൊണ്ട് ഞങ്ങൾ ചക്രവർത്തികളെ പോലെ ജീവിച്ചോളാം ശിലോഞ്ചവൃത്യാ അഹിഞ്ചനം ഹി ധനം നിർവർത്തിതക്രിയ കഥം വിഗർഹ്യം കരോം യധീശ്വരാഹ പൗരോധ സംഹൃഷ്യതി ദേവന്മാര് വീണ്ടും വീണ്ടും പ്രാർത്ഥിച്ചു അങ്ങ് അങ്ങനെയൊന്നും പറയരുത് ഞങ്ങൾക്ക് വേറെ പുരോഹിതനില്ല ഇങ്ങനെയെങ്കിലും ഞങ്ങൾക്ക് പൗരോഹിത്യത്തിന് വന്ന് ഞങ്ങളെ അനുഗ്രഹിക്കണം എന്ന് പ്രാർത്ഥിച്ചു ഇവരൊക്കെ കൂടെ ദേവന്മാരൊക്കെ പ്രാർത്ഥിക്കുമ്പോൾ വയ്യ പറയാൻ വയ്യ അങ്ങനെ ഏറ്റെടുത്തു അസുരന്മാരോട് യുദ്ധത്തിന് പോകുമ്പോൾ ജയിക്കാനായിട്ട് നാരായണ കവചം ഉപദേശിച്ചു കൊടുത്തു നാരായണ കവചം കവചം വെച്ചാൽ എന്താ നമ്മളുടെ മേൽ നമ്മൾ കാണാതിരിക്കുമ്പോ മറ്റുള്ളവർ അയക്കുന്ന ആയുധം മേലെ ഏൽക്കാതിരിക്കാനായിട്ട് ധരിക്കണതാണല്ലോ കവചം ഇപ്പൊ ഈ നാരായണ കവചം മുഖ്യമായിട്ട് എന്തിനാണെന്ന് വെച്ചാൽ ഒരു ആയുധവും നമ്മുടെ മേലെ ഏശാതിരിക്കുക അതുകൊണ്ട് എല്ലാവരും കാണാതെ പിടിച്ച് വെച്ചിട്ടുണ്ട് ഉണ്ടാവാതിരിക്കാനായിട്ട് നാരായണ കവചം ചൊല്ലാം അങ്ങനെ ഒരു മന്ത്രശക്തി അതിനൊണ്ട് ശരി സമ്മതിക്കാം പക്ഷേ യഥാർത്ഥത്തിൽ എന്താണ് ആയുധം എന്തിനാണ് ഈ കവചം എന്നു വെച്ചാൽ നമ്മള് ലോകത്തില് ഇതൊക്കെ ഭക്തി സാധനയ്ക്ക് തടസ്സത്തിന് നീക്കാനാണ് ഭക്തിസാധനയ്ക്ക് മുഖ്യമായ തടസ്സം എന്താ നമുക്ക് മറ്റുള്ളവരുടെ മേലെ ഉണ്ടാവുന്ന മറ്റുള്ളവർക്ക് നമ്മളുടെ മേലെ ഉണ്ടാവുന്ന ഇത് രണ്ടെണ്ണമാണ് നമ്മളെ മുഖ്യമായി ബാധിക്കുന്നത് മറ്റുള്ളവർക്ക് നമ്മളുടെ മേലെ നമ്മൾ പറയാ ദൃഷ്ടിദോഷം എന്ന് പറയും ദൃഷ്ടി വീഴുമ്പോൾ ഈ ജീവൻ അല്പം വിഷമം ഉണ്ടാവും ഇന്നത്തെ എന്താ ഭാഷയിൽ പറഞ്ഞാൽ സൈക്കിക് വൈബ്രേഷൻ അത് ബാധിക്കും ക്ഷീണിക്കും ആളുകൾ തളർന്നു പോകും ചിലർക്കൊക്കെ പ്രത്യേകിച്ച് അങ്ങനെ ഒരു സിദ്ധി തന്നെയുണ്ട് ബാവ് നല്ലവണ്ണം പൂത്തു നിൽക്കണ്ടാവും എത്ര വാങ്ങാം എന്ന് പറഞ്ഞാൽ മതി ഒക്കെ പോവും അങ്ങനെ ഒരു സിദ്ധിയാണ് അവർക്ക് അതിനെയാണ് ദൃഷ്ടിദോഷം എന്ന് പറയാ ഇതൊരു സൈക്കിക് ഫിനോമിനൻ എന്തെങ്കിലുമൊക്കെ വികാരത്തോടുകൂടെ നമ്മൾ ഒരാളെ നോക്കുമ്പോ ആ വികാരത്തിന്റെ ഒരു അസ്ത്രം നമ്മൾ അവരുടെ മേലേക്ക് വിക്ഷേപിക്കണം അതാണ് കാമന്റെ ബാണം എന്നൊക്കെ പറഞ്ഞു മാത്രമല്ല എല്ലാത്തിനും ബാണമുണ്ട് ആ ബാണം ഏൽക്കും അത് രണ്ടു വിധത്തിൽ ഒന്ന് മറ്റുള്ളവർ നോക്കുന്നത് മറ്റുള്ളവർ നോക്കുന്നത് കുറച്ച് ഏൽക്കും എങ്കിൽ നമ്മൾ നോക്കുന്ന ആളുണ്ടല്ലോ അയാളാണ് ഏറ്റവും അധികം ബാധിക്കപ്പെടുന്നത് നോക്കപ്പെടുന്ന ആളും ബാധിക്കപ്പെടും ഇപ്പൊ ഞാൻ ഒരാളെ വെറുക്കുമ്പോ ഞാൻ ആരാണോ വെറുക്കുന്നത് അയാളുടെ മേലെ എന്റെ വെറുപ്പിന്റെ ഒരു അംശം വീഴുന്നുണ്ട് പക്ഷെ അതിനേക്കാളും ഒക്കെ എത്രയോ അധികം ഈ വെറുക്കുന്ന എണ്ണിൽ അതിന്റെ പ്രഭാവം ഉണ്ടാവും ആ വെറുപ്പിന്റെ എഫക്റ്റ് ഉണ്ടാവും മനസ്സ് ചഞ്ചലമാവും വിഷമത്തിലാവും ഊണ് കഴിച്ചാൽ ഒന്നും ഡൈജസ്റ്റ് ആവില്ല രക്തം ദുഷിക്കും മനസ് അശുദ്ധമാവും ധ്യാനത്താവ ധ്യാനത്തിനെ പിടിച്ചു നിർത്തിയാ നിൽക്കല ഈ ഒരു വിഘ്നം യോഗികളായിട്ടുള്ളവർ തന്നെ അനുഭവിച്ചു കണ്ടുപിടിച്ചവർ കുറേ നേരമൊക്കെ ധ്യാനിക്കുകയൊക്കെ ചെയ്യാം പക്ഷേ ധ്യാനത്തിൽ നിന്ന് എപ്പോഴെങ്കിലുമൊക്കെ ഉണരുമ്പോൾ പല വസ്തുക്കളെയും കാണുന്നു ഈ കാണുന്ന വസ്തുക്കളൊക്കെ ഉള്ളിൽ കയറിയിരിക്കണം ഉള്ളിൽ കയറിയിരിക്കാൻ എന്താ കാരണം ചിലതിനെ കണ്ടാൽ ഇഷ്ടപ്പെടുന്നു അതെനിക്ക് വേണം തോന്നൽ ചിലതിനെ കണ്ടാൽ പിടിക്കണില്ല അത് വേണ്ടാന്ന് തോന്നൽ പല വികാരങ്ങൾ ഒന്നിൽ അസൂയ അല്ലെങ്കിൽ കാമം അല്ലെങ്കിൽ ദ്വേഷം അല്ലെങ്കിൽ ആസക്തി ഇങ്ങനെ ഏതെങ്കിലും വികാരം വെച്ചുകൊണ്ടാണ് നമ്മളുടെ ലോകജീവിതം മുഴുവനും അതുകൊണ്ട് സകല പദാർത്ഥങ്ങൾ നമ്മളുടെ ഉള്ളിൽ കയറിയിരിക്കുന്നുണ്ട് ഇതില്ലാതാക്കണമെങ്കിൽ ഇതൊക്കെ ഒരു അസ്ത്രം ഈ അസ്ത്രങ്ങളിൽ നിന്നൊക്കെ ഈ ജീവൻ രക്ഷപ്പെടണമെങ്കിൽ ഒരു കവചം ധരിക്കണം എന്താ കവചം എന്ന് വെച്ചാൽ ലോകത്തിൽ ഒരു വസ്തുവിനെയും കാണരുത് അപ്പൊ പിന്നെ ഒരു മുറിയിൽ അടച്ചിരിക്കണം നമ്മുടെ സൗഭരി മഹർഷി വെള്ളത്തിന്റെ ഉള്ളിൽ പോയിരുന്നു ശ്വാസം അടക്കിപ്പിടിച്ചു എന്നിട്ടും രക്ഷയൊന്നും ഉണ്ടായില്ല അവിടെ ഗരുഡനെ ശപിച്ചു പിന്നെ ആ മത്സ്യങ്ങളൊക്കെ കൂടെ ആണും പെണ്ണുമായിട്ട് പോണത് കണ്ടപ്പോൾ കല്യാണം കഴിക്കണം തോന്നി മഹാപകടമായിരുന്നു എവിടെ പോയിരുന്നാലും ഇതേ മനസ്സും പോണതേ ഇവിടെ പറയണത് ഒന്നും കാണാൻ പാടില്ല എന്നാണ് ഏകാന്തദേശത്തിലിരിക്കണം എന്ന് പറഞ്ഞപ്പോ ആചാര്യസ്വാമികൾ ഏകാന്ത ദേശത്തിന് ഒരു വ്യാഖ്യാനം കൊടുത്തു ആദൌ അന്തേജ മധ്യേജ് ജനോ യസ്മിന്ന വിദ്യത്തെ ജനോ യസ്മിന്ന വിദ്യത്തെ ആദ്യകാലത്തിലും അവിടെ ജനങ്ങളില്ല മധ്യകാലത്തിലും ഇല്ല ഇനി വരാൻ പോണ കാലത്ത് അവിടെ ജനങ്ങളൊന്നും ഉണ്ടാവില്ല അങ്ങനെ ഒരു ദേശമാണ് ഏകാന്തം അങ്ങനെ എവിടെയെങ്കിലും ഒരു ദേശം ഉണ്ടോ എന്ന് വെച്ചാൽ ജ്ഞാനമാണത് അതായത് ഇവിടെ ആരും ഇല്ല എല്ലാം യാതൊന്നു കാണു നാരായണ പ്രതിമ യാതൊന്നു കേൾപ്പതും നാരായണ ശ്രുതികൾ യാതൊന്നു ചെയ്വതാരായണാർച്ചനകൾ യാതൊന്നിതൊക്കെ ഹരിനാരായണായ നമ ഇതാണ് നാരായണ കവചം ഈ ശ്ലോകമാണ് നാരായണ കവചം നിങ്ങളിത് പഠിച്ചിട്ടില്ലെങ്കിൽ വേണ്ടില്ല അതിന് എന്റെ വ്യാഖ്യാനമല്ല നാരായണ കവചം തന്നെ അതിന് പ്രമാണം യഥാഹി ഭഗവാനേവ് വസ്തുത സദസച്ചയത് സത്യേന അനേന സർവേ യാന്തു നാശം ഉപദ്രവാ നമുക്ക് ഉപദ്രവങ്ങളും നാശം യാതും നശിച്ചു പോകട്ടെ എങ്ങനെ നശിച്ചു പോകും ഭഗവാനേവത് ഈ ലോകത്തിൽ നല്ലതായിട്ടും ചീത്തയായിട്ടും നമുക്ക് ആകർഷണീയമായിട്ടും വികർഷണീയമായിട്ടും എന്തൊക്കെ പദാർത്ഥമുണ്ടോ ആ പദാർത്ഥങ്ങൾ ആ വസ്തുക്കൾ ആ വ്യക്തികൾ എല്ലാം ഭഗവാനാണ് എന്നുള്ള ദൃഢമായ നിശ്ചയം കൊണ്ട് അതിനോടുള്ള പ്രത്യേക പ്രതിപത്തിയൊക്കെ അറ്റുപോയി സകലതും കാണുന്നതൊക്കെ നാരായണനാണെന്നുള്ള കവചം ഞാൻ ധരിക്കാം ചിതാകാശമയം സർവം ജഗതിത്യേവ ഭാവയന്ത്യസ് തിഷ്ടതി ഉപശാന്തോന്ത സ ബ്രഹ്മകവച സുഖി ബ്രഹ്മകവചം എന്നാണോ പേരുന്നത് എല്ലാം ചിതാകാശമയം സർവം ജഗത്ത് മുഴുവൻ ചിതാകാശമയമാണെന്ന് ധരിച്ചു അപ്പൊ എന്താ ഒന്നിനോടും പ്രത്യേകിച്ച് രാഗമോ ദ്വേഷമോ ഉണ്ടായില്ലെങ്കിൽ മനസ്സ് എപ്പോഴും ശാന്തമായിരിക്കും ഒന്നും നമ്മളെയും ബാധിക്കില്ല നമ്മളും ആരെയും ബാധിക്കില്ല അതാണ് ജ്ഞാനികളുടെ ദൃഷ്ടിക്ക് അമൃത ദൃഷ്ടി എന്ന് പറയും ഭഗവാന്റെ ദൃഷ്ടിക്കും അമൃത ദൃഷ്ടി എന്ന് പറയും ഭഗവാന്റെ ദൃഷ്ടി ഇപ്പോ ഭട്ടഗരി നാരായണീയത്തിൽ എഴുതി ദൃഷ്ടമാത്രേ പുനരു പുരുഷാർത്ഥാത്മകം അസ്പഷ്ടം എന്ന് ആദ്യം പറഞ്ഞിട്ട് ദൃഷ്ടമാത്രേ പുനരുരു പുരുഷാർത്ഥാത്മകം എന്ന് പറഞ്ഞു അസ്പഷ്ടമായിട്ടുള്ളത് എങ്ങനെ കാണും എന്ന് വെച്ചാൽ ദൃഷ്ടമാത്രേ എന്നുള്ളതിന് ഭട്ടവരി പറഞ്ഞ് കണ്ടാൽ പരമപുരുഷാർത്ഥം കിട്ടും എന്ന് പറഞ്ഞാൽ ഭട്ടവരിയോട് ഒരാൾ ചോദിച്ചു ഭട്ടരി പറഞ്ഞത് ശരിയായില്ലോ എന്താന്ന് വെച്ചാൽ കണ്ണു കാണാത്ത ചില ആളുകളുണ്ട് അവർക്ക് ഗുരുവായൂരപ്പനൊപ്പൊ പ്രയോജനപ്പെടില്ല എന്നായി ദുഷ്ടമാത്രയെ പുനരു അങ്ങനെയല്ലാർത്ഥം ഗുരുവായൂരപ്പന്റെ ദൃഷ്ടി നിങ്ങളുടെ മേലെ വിടാ അതാണ് തേനെ ദുഷ്ടമാത്രേ ഒരു നമ്മൾ ഭഗവാനെ കാണാൻ കൊക്കില്ല ഭഗവാനാണ് നമ്മളെ കാണേണ്ടത് കണ്ടുകൊണ്ടേ ഇരിക്കണം കണ്ണുക്ക് കണ്ണായി കണ്ണിൻ്റെ കാണുനെ കാണുവത് എവർ പാർ അരുണാചല കണ്ണുക്ക് കണ്ണുക്ക് കണ്ണ് മനമാകുന്ന കണ്ണ് അത് കണ്ണാർക്കൊരുളാ നീ ഇക്ക ഉന്നെ എപ്പി പാക്ക് നീതാ എന്നെ പാകണം നീതാന പാത്തണ്ടേക്കേ അപ്പൊ ഭഗവാന്റെ ദൃഷ്ടി അമൃത ദൃഷ്ടി അതേപോലെ ജ്ഞാനികളുടെ ദൃഷ്ടി അമൃത ദൃഷ്ടി എന്തുകൊണ്ടാ അമൃത ദൃഷ്ടി എന്ന് പറയണതെന്ന് വെച്ചാൽ അവർക്ക് ഭേദബുദ്ധിയേ അല്ല അവര് നമ്മളെ ഒരു വ്യക്തിയായിട്ടേ കാണുന്നില്ല ആണായിട്ടോ പെണ്ണായിട്ടോ ഇഷ്ടപ്പെടുന്ന ആളായിട്ടോ ഇഷ്ടപ്പെടാത്ത ആളായിട്ടോ കാണുന്നില്ല അതുകൊണ്ട് ആ ദൃഷ്ടി മേലെ വീഴുമ്പോൾ നമുക്കൊരു കുളിർമ ഉള്ളിലൊരു ശീതളത ഒരു ശാന്തി എന്താന്ന് വെച്ചാൽ അവര് ഭഗവാനെ എങ്ങനെ നോക്കണോ അതുപോലെയാണ് നമ്മളെയൊക്കെ നോക്കണതേ ശകലതും ആത്മസ്വരൂപമായിട്ട് നോക്കുമ്പോൾ നമുക്കൊരു ശീതളത ഒരു ശാന്തി ആ ദൃഷ്ടി മേലെ വീഴുമ്പോൾ ആ ദൃഷ്ടിയിൽ രാഗമില്ല ദ്വേഷമില്ല കാമില്ല അസൂയയില്ല വെറുപ്പില്ല പ്രത്യേകിച്ചുള്ള പറ്റില്ല ആ ദൃഷ്ടി നമുക്കും സിദ്ധിക്കണമെങ്കിൽ നമ്മൾ ഈ കവചത്തിനെ ഉള്ളിൽ സ്വീകരിക്കണം ഹൃദയത്തിൽ ധരിക്കണം ഹൃദയത്തിൽ ധരിച്ച് പതുക്കെ പതുക്കെ ആരോടെങ്കിലും പ്രത്യേകിച്ച് രാഗദ്വേഷം തോന്നുകയാണെങ്കിൽ ഇത് ഓർമ്മ വെച്ചോളാം ഞാൻ ഭഗവാനോടാണ് ദ്വേഷിക്കുന്നത് ആ ശരീര ഒരാളെ കാണുമ്പോ നമ്മൾ വെറുക്കുമ്പോൾ ആരെയാ വെറുക്കണ ശരീരത്തിന് ആണോ അഥവാ ഉള്ളിലുള്ള ആത്മാവിനെയോ ശരീരം വെറും ജടമാണ് ആത്മാ നിത്യശുദ്ധമായ വസ്തുവാണ് പിന്നെ എന്തിനെയാണ് വെറുക്കുന്നത് മനസ്സിനെയാണ് വെറുക്കുന്നത് എന്ന് പറഞ്ഞാൽ മനസ്സ് കള്ളമാണ് അപ്പൊ ഉള്ളത് ഭഗവാനാണ് ഇങ്ങനെ പതുക്കെ അറിഞ്ഞ് മനസ്സ് പ്രത്യേകിച്ച് ഒന്നിനോടും പറ്റിക്കൂടാതാക്കാനാണ് ഈ കവചം നാരായണ കവചം അങ്ങനെ ആയാൽ നമ്മളുടെ മനസ്സ് എപ്പോഴും കവചം ധരിച്ച ആള് രക്ഷ രക്ഷയോടുകൂടി ഇരിക്കണ പോലെ സകല ഉപദ്രവം വിട്ടുപോകുന്നതാണ് യാശം ഉപദ്രവം എന്താ വെറുതെ ഇരിക്കാൻ സമ്മതിക്കാതെ മനസ്സിലുണ്ടാവുന്ന വിഷമങ്ങളാണല്ലോ ഉപദ്രവം ആ ഉപദ്രവമൊക്കെ പോയി സദാശാന്തി ഉണ്ടാവും ഈ നാരായണ കവചത്തിനെ ഉപദേശിച്ചോട്ടു കുറച്ചു ദിവസം കഴിഞ്ഞ് ഒരു യാഗം നടത്തി വിശ്വരൂപൻ ദേവന്മാർക്കും വേണ്ടിയാണ് പൗരോഹിത്യകർമ്മം ചെയ്യണത് പക്ഷേ ദേവന്മാർക്ക് ആവിർഭാഗം അർപ്പിക്കുമ്പോൾ അദ്ദേഹത്തിന് മൂന്ന് തലയുണ്ട് ഓട്ടോമാറ്റിക്കായിട്ട് അസുരന്മാർക്ക് പോകും അത് നിർത്തിയില്ല ഇന്ദ്രസ്വാ എന്ന് പറയുന്നതോടൊപ്പം മറ്റൊരു മുഖം വേറെ ചിലതൊക്കെ പറയും പല ആളുകൾ നമുക്കൊക്കെ ഉണ്ട് മൂന്നും നാലും അഞ്ചും തലയുണ്ട് ആയോണ്ടൊന്ന് പറയും മനസ്സുകൊണ്ട് ഒന്ന് ചിന്തിക്കും ബുദ്ധി പറയുമെന്ന് പറയും അതിന്റെ പറയുമെന്ന് പറയും അസുരന്മാർക്കും പോകും ഇന്ദ്രൻ കോപിച്ചു കോപം വന്നു കഴിഞ്ഞാൽ ചിലപ്പോ എന്താ ചെയ്യണമെന്ന് അറിയില്ല കോപിച്ച ആള് ഒക്കെ മറന്നു പോകും പരിസരം മറന്നുപോയി ഗുരുവാണെന്ന് വിചാരിച്ചില്ല സഹോദരനാണെന്ന് വിചാരിച്ചില്ല ബ്രാഹ്മണനാണെന്ന് ചിന്തിച്ചില്ല തലയങ്കപ്പെട്ടി മഹാപാതകം സംഭവിച്ചു ആ പാതകത്തിനെയൊക്കെ പിരിച്ചു കൊടുത്തു എന്നാണ് ഇന്ദ്രൻ ഇതൊക്കെ താത്വികമായ കഥയാണ് നമ്മളിതൊക്കെ വ്യാഖ്യാനിക്കാൻ പോയാപ്പോ നമുക്കൊന്നും പറ്റില്ല സ്ത്രീകൾക്ക് കൊടുത്തു മരങ്ങൾക്ക് കൊടുത്തു ഭൂമിക്ക് കൊടുത്തു ജലത്തിന് കൊടുത്തു ഇങ്ങനെയൊക്കെ പല പിരിച്ചു കൊടുത്തു ഈ ഭാവത്തിന് അതിനുശേഷം ഇന്ദ്രൻ അതോടുകൂടെ രക്ഷപ്പെട്ടില്ല വിശ്വരൂപന്റെ അച്ഛൻ ത്വഷ്ടാവ് മഹാകോപിഷ്ഠൻ കോപിച്ചു എന്റെ മകനെ മെനക്കെട്ട് വിളിച്ചുകൊണ്ടുപോയി പുരോഹിതനായി വിളിച്ചുകൊണ്ടുപോയിട്ട് അപമാനിച്ചു കൊല്ലുകയും ചെയ്തു ഇന്ദ്രനെ കൊല്ലുന്ന ഒരാളുണ്ടാവട്ടെ എന്ന് പറഞ്ഞ് യാഗം ചെയ്തു യാഗത്തിൽ നിന്നും അതിഭയങ്കരനായ ഒരു സത്വം പൊന്തി വന്നു പക്ഷേ യാഗം ചെയ്യുമ്പോൾ മന്ത്രത്തിന്റെ സ്വരം അല്പം മാറിപ്പോയി ഇന്ദ്രനെ ശത്രുവാക്കിക്കൊണ്ടൊരുത്തൻ ജനിക്കട്ടെ എന്നാണ് പ്രാർത്ഥിച്ചത് അതായത് ഇന്ദ്രനെ കൊല്ലുന്നവൻ ജനിക്കട്ടെ ശത്രുഹനനെ ഇന്ദ്രനെ കൊല്ലുന്നവൻ ഒരാള് ജനിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചാണ് അർപ്പിച്ചത് പക്ഷെ ഇന്ദ്രനാൽ കൊല്ലപ്പെടുന്നവൻ എന്ന് സ്വരം പഴച്ചപ്പോ മാറിപ്പോയി എന്നാണ് ഏതായാലും പ്രാരബ്ധം പക്ഷെ അതിഭയങ്കരനായ ഒരു അസുരൻ വൃത്രൻ അവിടെ പൊന്തി അസുരസൈന്യത്തിനെ നയിച്ചുകൊണ്ട് വൃത്രൻ ദേവന്മാരോട് യുദ്ധത്തിന് വന്നു ദേവന്മാർക്ക് വൃത്രനെ കണ്ട മുട്ടു രണ്ടും കൂട്ടിയിടിക്കും പേടിച്ചിട്ട് എന്താന്ന് വെച്ചാൽ ബാക്കിയുള്ള അസുരന്മാരോടൊക്കെ യുദ്ധം ചെയ്യാം ഇയാളോട് യുദ്ധം ചെയ്യാനേ അവർക്ക് ധൈര്യം വരേണ്ടില്ല നിന്നാൽ ഇന്ദ്രൻ കാര്യമായി ധൈര്യമായിട്ടൊക്കെ ചെല്ലും വൃത്രൻ ഒന്ന് ഇന്ദ്രനെ നോക്കിയാൽ മതി ഇന്ദ്രന്റെ ഗ്യാസൊക്കെ പോയി അവനിൽ എന്തോ ശക്തിയുണ്ട് അവന്റെ ശക്തിയുടെ രഹസ്യം എന്താന്ന് ഇവർക്ക് പിടികിട്ടണില്ല രഹസ്യം എന്താന്ന് വെച്ചാൽ അവന് ജീവിക്കണം എന്നുള്ള ആഗ്രഹമില്ല അതാണ് മുഖ്യ രഹസ്യം ഈ വൃത്തന്റെ ശക്തിയുടെ പുറകിലുള്ള സീക്രട്ട് നമ്മൾ ഒക്കെ തോൽക്കണത് മരിക്കണത് എന്താന്ന് വെച്ചാൽ ജീവിക്കാനുള്ള ആഗ്രഹം കൊണ്ടാണ് ഇവന് ജീവിക്കാനുള്ള ആഗ്രഹമില്ല പരാജയത്തിന് ഭയമില്ല ലാഭം വേണമെന്നുള്ള ആഗ്രഹവും ഇല്ല അതാണ് അർജുനനോടും ഭഗവാൻ പറഞ്ഞത് പരാജയത്തിലുള്ള ആഗ്രഹം പേടി ഉപേക്ഷിക്കാം ജയം വേണമെന്നുള്ള കൊതി വിടുക ലാഭം വേണമെന്നുള്ളത് ഉപേക്ഷിക്കുക നഷ്ടം വരരുത് എന്നുള്ള ഭയം വിടുക എന്നിട്ട് യുദ്ധം ചെയ്യും ആർക്കും തന്നെ തോൽപ്പിക്കാൻ പറ്റില്ല താൻ തന്നോട് തന്നെ താൻ തോൽക്കുമ്പോഴേ മറ്റുള്ളവർക്ക് തന്നെ തോൽപ്പിക്കാൻ ഒക്കു തന്നോട് താൻ തോറ്റിട്ടില്ലെങ്കിൽ മറ്റുള്ളവരോടും താൻ തോൽക്കില്ല ഈ വൃത്തന്റെ രഹസ്യം അതാണ് ഇന്ദ്രന് ദേവന്മാർക്ക് നിൽക്കവയ്യാം അവരൊക്കെ കൂടെ വൈകുണ്ഠത്തിലേക്ക് ചെന്നു ദേവന്മാരുടെ സ്തുതിയൊക്കെ വിശിഷ്ടമായിരിക്കും അവരൊക്കെ ഒന്നുമില്ലെങ്കിലും സ്തുതികൾ നല്ല വൃത്തത്തിൽ പോയട്രി നല്ലവണ്ണം അവർക്ക് വരും കവിത പക്ഷേ ഇവിടെ ഇപ്പോൾ വൃത്തിന്റെ അടി കൊണ്ട് സ്തുതിക്കാൻ ചെന്നു ഭഗവാന്റെ മുമ്പിലേക്ക് നമസ്തേ യജ്ഞീര്യം വയസേ ഉദതേ നമ നമസ്തേ അസ്തചക്രായ നമസ് രണ്ട് സ്തുതി കഷ്ടിച്ച് ഒരുമാതിരി സാധാരണ വൃത്തത്തിൽ രണ്ട് ശ്ലോകം ചോദിക്കും അത് കഴിഞ്ഞ് ഒന്നും പോയിട്ടൊന്നും വരുന്നില്ല ഇനി ഗദ്യത്തിൽ മതി എന്ന് പദ്യം കിട്ടണില്ല ശരി ഇനി ഗദ്യത്തിൽ ഓം നമസ്തേ സ്തു ഭഗവന്നാരായണ വാസുദേവ ആദിപുരുഷ മഹാപുരുഷ പരമമംഗള പരമകല്യാണ പരമകാരുണിക കേവല ജഗദാധാരാ ലോകൈകനാഥ േശ്വരാലീനാഥ പരമഹംസ പരിവ്രാജകൈ പരമേണ ആത്മയോഗ സമാധി പരമഹംസ്യധർമ്മേണ ഉദ്ഘാടിതമക്കപാടേ ചിത്തെ അപാവൃത ആത്മലോകേ സ്വയം ഉപലബ്ധ നിജസുഖാനുഭവോ ഭഗവാൻ കുറെ ഗദ്യം പദ്യത്തിനേക്കാളും ഗദ്യം സംസ്കൃതത്തിൽ വഷമാണ് ഗദ്യം കഴിഞ്ഞപ്പോ ഭഗവാൻ പറഞ്ഞു നന്നായിട്ടുണ്ട് പക്ഷെ ഭക്തി പോരാ എന്താന്ന് വെച്ചാൽ എൻ്റെ ഭക്തന്മാരുടെ ലക്ഷണം അവരെന്നോടൊന്നും ചോദിക്കില്ല എന്നുള്ളതാണ് ഏതായാലും എന്താ വേണ്ടത് നിങ്ങൾക്കിപ്പോൾ വൃത്രഹത്യ നടക്കണം വൃത്രനെ വധിക്കണം അതിന് ഏതെങ്കിലും മഹാത്യാഗിയുടെ സഹായം വേണം അതുകൊണ്ട് ഒരു കാര്യം ചെയ്യൂ ദതീജി മഹർഷി മഹാതപസ്വിയാണ് അദ്ദേഹത്തിൻ്റെ നട്ടെല്ലുകൊണ്ട് ഒരാുധം ഉണ്ടാക്കണം കൃതവ വിശ്വകർമ്മ ദതീജിയുടെ നട്ടെല്ലെടുത്ത് വജ്രായുധം ഉണ്ടാക്കട്ടെ എന്റെ തേജസ് അതിൽ കലരും നിങ്ങൾക്ക് യുദ്ധം ചെയ്ത് വൃത്തരനെ വധിക്കാം ശരി ഇവർ പോയി ദതിജിയുടെ ആശ്രമത്തിലേക്ക് ചെന്നു ഇന്ദ്രൻ കുറച്ചൊരു സ്വരചർച്ചയില്ലായ്മ ഉണ്ട് ദതിജിയുടെ അടുത്ത് എന്നാലും ഇപ്പം ആവശ്യം നടക്കണം പോയി ഒരാളുടെ അടുത്ത് പോയി നട്ടെല്ലാം എങ്ങനെ ചോദിക്കും കിഡ്നി വേണമെങ്കിൽ ചോദിക്കാം കൊടുക്കണ ആളുകളൊക്കെ കൊടുക്കണുണ്ടപ്പോ അല്ലെ നട്ടെല്ലിൽ കൊടുക്കാൻ പറ്റുമോ നട്ടെല്ലിൽ പോയാൽ എങ്ങനെ ഇരിക്കുമെന്ന് ആലോചിച്ച് നോക്കും ഒരാളെ തന്നെ ഉഷിപ്പില്ലാത്തവൻ നട്ടെല്ലാത്തവെന്നൊക്കെ പറയും നട്ടെല്ലാതെ വാസ്തവത്തിൽ ഇരിക്കാൻ പറ്റുമോ എങ്ങനെ പ്രസംഗം ചെയ്യും ഇരുന്നിട്ടാണ് നട്ടാ ദദീജിയോട് ചെന്ന് ഇവര് ആശ്രമത്തിൽ ചെന്ന് നിൽക്കാണ് ദതീജി ചോദിച്ചു എന്താ വേണ്ട കുറേ നേരം ശങ്കിച്ചു ഓരോരുത്തരും പിന്നെ അവസാനം നിവൃത്തിയില്ലാതെ പറഞ്ഞു ഇതുപോലെ വൃത്രഹത്യക്കായിട്ട് അവിടുത്തെ ബാക്ക്ബോൺ വേണം രതിജി പറഞ്ഞു നിങ്ങള് ദേവന്മാരാണ് മനുഷ്യർക്ക് ഉണ്ടാവുന്ന ശരീരത്തിൽ ഉണ്ടാവുന്ന വേദനയൊന്നും നിങ്ങൾക്ക് മനസ്സിലാവില്ല അപ്പൊ വൃന്ദാരകാ ഹൂയം ജാനീഥ ശരീരിണാം സംസ്ഥായാം യ സ്തു അങ്ങനെ പറഞ്ഞാലെങ്കിലും വേണ്ടാന്ന് പറഞ്ഞെ ഒരാളുടെ അടുത്ത് നമ്മൾ ഒരു കാര്യം ചോദിക്കുന്നു അല്ല കുറച്ച് വിഷമമുണ്ടെങ്കിൽ വേണ്ട നമ്മൾ സാധാരണ ഒരു മര്യാദയ്ക്ക് തന്നെ പറയും വിഷമമുണ്ട് എന്ന് പറഞ്ഞാൽ എന്നാൽ വേണ്ട എന്ന് വരെ വഴി നോക്കണം ഇദ്ദേഹം ആദ്യം തന്നെ പറഞ്ഞിരിക്കുന്നു വേദനയാണെന്ന് അപ്പോ ദേവന്മാര് പറയണത് വേദനയൊക്കെ നിങ്ങൾക്കുണ്ടാവുമെന്ന് ഞങ്ങൾക്കറിയാം എന്നാലും ഇപ്പൊ ഞങ്ങൾക്ക് നിവൃത്തിയില്ല ഞാനു സ്വാർത്ഥപരോലോകഹാനവേദ പരസങ്കടം ഈ ലോകത്തിൽ സ്വാർത്ഥന്മാരായിട്ടുള്ളവർ മറ്റുള്ളവരുടെ സങ്കടമൊന്നും മനസ്സിലാക്കില്ല അതുകൊണ്ട് ഞങ്ങൾക്ക് നെട്ടല്ല് കിട്ടിയേ തീരുവുന്നതായി ദതിജി യോഗസ്ഥിതിയിലിരുന്നു കൊണ്ട് ശരീരം ഉപേക്ഷിച്ചു ആ നട്ടല് ഭഗവതർപ്പണമാക്കി കൊടുത്തു എന്നാണ് അതുകൊണ്ട് വൃത്രഹത്യ ഇതിലൊരു ചെറിയൊരു തത്വം ചെറിയൊരു വിഷയം യോഗസാധനയൊക്കെ ചെയ്യുമ്പോൾ ആളുകൾ ഈ നട്ടല്ലിനെയാണ് സ്ഥാനമായിട്ട് പറയണം യോഗസാധനയ്ക്ക് മൂലാധാരം സ്വാധിഷ്ഠാനം മണിപൂരകം അനാഹതം വിശുദ്ധി ആജ്ഞ എന്നുള്ള ചക്രങ്ങളിലൂടെയൊക്കെ ഈ കുലകുണ്ടലിനീ ശക്തി മുകളിലേക്ക് ഉയർന്നുപോയി സഹസ്രാര പത്മത്തിൽ ചെല്ലണം ഇതിനൊക്കെ യോഗികൾ മെനക്കെട്ട് സ്വപ്രയത്നം കൊണ്ട് കഠിനമായി ശ്രമിക്കും ഭക്തൻ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ തൻ്റെ ആ ചക്രങ്ങളെ ഭഗവാൻ അങ്ങനെ അർപ്പിക്കാം അങ്ങനെ അർപ്പിച്ചാൽ വൃത്രനെ നമുക്ക് അഹങ്കാരമായിട്ടോ അജ്ഞാനമായിട്ടോ ഒക്കെ എടുക്കുകയാണെങ്കിൽ അതിന്റെ ഹത്യയ്ക്ക് ഇതിനെ ഭഗവാൻ അർപ്പിക്കണം കഴിഞ്ഞാൽ അതിന്റെ ചുമതല മുഴുവൻ ഭഗവാന്റെതായി ഗതിജിടെ അംഗം കൊണ്ട് വജ്രായുധം എടുത്തുകൊണ്ട് ഇന്ദ്രൻ വൃദ്ധന്റെ മുമ്പിൽ വന്ന് നിൽക്കുക കുറച്ചു യുദ്ധം ചെയ്തു ഇന്ദ്രന്റെ കയ്യിലുള്ള ഗതാ ചുവട്ടൽ വേണു ഇന്ദ്രൻ ഇങ്ങനെ നിരായുധനായിട്ട് നിൽക്കുകയാണ് ഇന്ദ്രന്റെ കയ്യിലുള്ള വജ്രം കണ്ടപ്പോ അസുരന്മാരൊക്കെ ഓടി വൃദ്ധരന്റെ പുറകെ ആരുമില്ല തനിച്ചാണ് വൃദ്ധൻ ഇതാണ് ലോകത്തിന്റെ സ്ഥിതി എന്നാണ് ഒരാൾക്ക് ധൈര്യമുള്ളപ്പോ ശക്തി കുറേ ആളുകൾ കൂടെ ഉണ്ടാവും അയാളുടെ ശക്തി മറ്റുമൊക്കെ പോകുമ്പോൾ അയാളുടെ കൂടെ ആരുമില്ല ഇവിടെ നിന്നവർ തന്നെ അവിടെ നിൽക്കും വൃദ്ധരന്റെ പുറകെ ആരുമില്ല അസുരന്മാരൊക്കെ ഓടിപ്പോയി എന്നാലും ഇന്ദ്രന്റെ ഗത ചുവട്ടൽ വീണ് ഇന്ദിരൻ നിരായുധനായിട്ട് നിൽക്കാണ് ഇന്ദ്രനെ കുറെ ചീത്ത വിളിച്ചു വൃദ്ധൻ എനിക്ക് പലരും പട്ടം തരുന്നിട്ടുണ്ടല്ലോ ഞാനും കുറെ പട്ടം തരാം യോ ബ്രഹ്മഹാ ഗുരുഹാ ഭ്രാതൃഹാൻ ഭ്രാതൃഹത്യ ചെയ്തവൻ ബ്രാഹ്മണഹത്യ ചെയ്തവൻ ഗുരുഹത്യ വിളിച്ചു ഇന്ദിരനെ ആദ്യം പറഞ്ഞു തന്നെ ഞാൻ വധിക്കാൻ പോകുന്നു എന്നൊക്കെ പറഞ്ഞു പിന്നെ പറഞ്ഞു ഇനി എന്തിനാ ആർക്കു വേണ്ടി യുദ്ധം ചെയ്യണം മാത്രമല്ല തന്റെ മരണം ഇന്ദിരന്റെ വജ്രായുധത്തിലൂടെയാണെന്ന് നിശ്ചയിക്കപ്പെട്ടിരിക്കുന്നു ഭഗവാന്റെ തേജസ്സിനെയും എടുത്തുകൊണ്ടാണ് ഇപ്പോൾ വന്ന് നിൽക്കണത് ഇന്ദ്രനോട് പറഞ്ഞു ഹേ ഇന്ദിര ഇന്ദിര വെറുതെ നിൽക്കണ ആ വജ്രായുധം കൊണ്ട് എന്നെ വെട്ടു എന്റെ ശരീരം വെട്ടി ചോട്ടിലിടൂ ഗത പോലെ ഈ വജ്രം നിഷ്ഫലമാവില്ല ഭഗവത് തേജസ് അതുകൊണ്ട് സംശയിക്കേണ്ട വെട്ടിക്കൊള്ള അഹം സമാധായ മനോയതാഹ േ ദ്മ്യപാശ ഗതി അപവിദ്ലോകൃ ഗുരു സംഘർഷണമൂർത്തിയാണ് പൂർവജന്മത്തിൽ വിദ്യാധര ശരീരത്തിൽ സംഘർഷണമൂർത്തി വൃത്രന് ബ്രഹ്മവിദ്യ ഉപദേശം ചെയ്തിട്ടുണ്ട് ഏതോ പൂർവവാസന അസുരവാസന തീർക്കാനായിട്ട് അസുരനായിട്ട് വന്ന് ജനിച്ചു ആ കഥ നമ്മൾ പിന്നാലെ പറയും ഇപ്പോ മരണത്തിന്റെ വക്കിലെത്തി നിൽക്കുമ്പോ ഗുരുവിന്റെ ദർശനമാണ് സംഘർഷണമൂർത്തിയുടെ ദർശനമാണ് മുമ്പില് സംഘർഷണൻ എനിക്ക് ഉപദേശിച്ച പ്രകാരം ഈ അസുരശരീരം എന്നെ വിട്ടുപോയാൽ നദി സമുദ്രത്തിൽ ചെന്ന് കലങ്ങുന്ന പോലെ ഞാൻ പരിപൂർണമായ പരമാത്മ സ്വരൂപത്തിൽ ലയിക്കും അതുകൊണ്ട് ഈ ശരീരത്തിനെ വെട്ടിച്ചോട്ടലിടാം ഇതിന് ഗ്രാമ്യപാശമുണ്ട് മൃഗപാശം ഈ ശരീരത്തിൽ അൽപ്പ അൽപ്പം ഒട്ടിക്കിടക്കുന്നു അതുകൊണ്ട് ഗതി മുനേഹേയാ ബ്രഹ്മനിഷ്ഠന്മാരായ മുനികളുടെ പദത്തിനെ ഞാൻ പ്രാപിക്കും അതിനുമുമ്പ് ഇന്ദ്ര തത്വം ഞാൻ പറഞ്ഞുതരാം ലോകത്തിലെ സാധാരണ അജ്ഞാനികളായ ജനങ്ങള് അവർ വിചാരിക്കുന്നത് കുറേ ഭഗവാനെ ഭജിക്കുകയോ ഭക്തി ചെയ്യുകയോ ഒക്കെ ചെയ്താൽ ഭഗവാൻ ധാരാളം പണം തരും കുട്ടികളുണ്ടാവും പേരക്കുട്ടികളുണ്ടാവും ബന്ധുക്കളുണ്ടാവും കുടുംബസുഖ സൗകര്യങ്ങളൊക്കെ ഉണ്ടാവും സമൂഹത്തിൽ നല്ല സ്ഥാനമാനങ്ങളൊക്കെ കിട്ടും എന്നൊക്കെയാണ് ആളുകൾ ധരിച്ചു വെച്ചിരിക്കുന്നത് ഇപ്പൊ താനും അതാണല്ലോ ഇപ്പൊ ധരിച്ചിട്ട് ഇപ്പൊ അഭിമാനത്തോടെ നിൽക്കണത് ഞാനിപ്പോൾ ജയിക്കുകയാണെന്ന് പറഞ്ഞിട്ട് ഒന്നോർത്തോള കുറച്ചു കാലം ഞാൻ ജയിച്ചു ഇപ്പൊ നിന്റെ നിനക്ക് കിട്ടിയിട്ടുള്ളതാണ് ഇപ്പോൾ ജയം പരാജയം കീർത്തി യശസ് അയശസ് ഇതൊക്കെ ഈ ചൂത് കളിക്കുമ്പോൾ ഒരാൾ ജയിക്കും മറ്റൊരാൾ ജയിക്കും അതുപോലെ അങ്ങോട്ടും ഇങ്ങടും മാറി മാറി വന്നുകൊണ്ടിരിക്കും ഇപ്പൊ തന്റെ വശത്താണ് നിൽക്കുന്നത് ഈ ജയം എന്റെ വശത്ത് പരാജയം അവരൊക്കെ വിട്ടുപോയിരിക്കുന്നു ഞാൻ തനിച്ചു നിൽക്കുന്നു പക്ഷേ ഭഗവാൻ പുറത്ത് ജയം തരുമ്പോ അകത്ത് പരാജയം തരും പുറത്ത് പരാജയം തരുമ്പോ അകത്ത് ജയം തരും ഭഗവാൻ അങ്ങനെ ഒരു കളിയാണ് കളിക്കണത് അറിവുള്ളവർ അത് മനസ്സിലാക്കും അറിവില്ലാത്തവർ പുറത്തു മാത്രം നോക്കിയിരിക്കുമ്പോൾ പുറത്ത് കിട്ടണതൊക്കെ നല്ലതൊന്നും പുറത്തുള്ളതൊക്കെ പോയാൽ ഭഗവാൻ ഞങ്ങളുടെ ഗുരുവായൂരൊപ്പം കൈവിട്ടു ഇത്രയധികം നാരായണീയം വായിച്ചു ഗുരുവായൂർ പോയി എന്ത് കാര്യം കരയും संपदो दिभि പുംസാത്ത ധിഗം സ്വകാമ്പി ഭൂമൗ രസാ നീയ ദ്വേഷ ഉഗാധി एकांत കലി വ്യസനം സമ്പ്രയാന്മാർക്ക് संपदा ഭൂമീലു ആ സ്വർഗത്തിലൊക്കെ എന്തൊക്കെ സമ്പത്തുണ്ടോ ആ സമ്പത്തൊന്നും തന്റെ ഏകാന്ത ഭക്തന്മാർക്ക് ഭഗവാൻ അധികമായിട്ടും കൊടുക്കില്ലാത്ര എന്താണെന്ന് വെച്ചാൽ അത് കൊടുത്തു കഴിഞ്ഞാൽ അത് എപ്പോഴും വെച്ച് രക്ഷിക്കണമല്ലോ എന്നുള്ള ഭയം തന്നെക്കാള് സമ്പത്തുള്ളവരോ അല്ലെങ്കിൽ തന്റെ സമ്പത്തിനെ അപഹരിക്കാൻ വരുന്നവരോട് ദ്വേഷം പിന്നെ ഈ സമ്പത്തിനെ കുറിച്ച് ചിന്തിച്ച് ഉറക്കമില്ലായ്മ വിഷമം ഭഗവത് ധ്യാനം ഇല്ലായ്മ ഇങ്ങനെയുള്ള ആധി പിന്നെ രാഗദ്വേഷങ്ങൾ കലി വ്യസനം സംപ്രയാസ ഇത്രയും വിഷമങ്ങളുണ്ട് അതുകൊണ്ട് ചിലപ്പോൾ ഭക്തന്മാരെ ദരിദ്രന്മാരെ ആക്കാം ഭഗവാൻ അവർക്ക് ഇത് ദൂഷ്യമാവുകയാണെങ്കിൽ കൃഷ്ണൻ കുട്ടികളെ പോലെയാണ് ഗുരുവായൂരപ്പൻ കുട്ടികളെ പോലെയാണ് കുട്ടിയായിട്ടാണ് നിക്കുന്നതിന് കാരണം എന്താണെന്ന് വെച്ചാൽ കുട്ടികൾക്ക് വേറെ ഒരു കുട്ടിയെ ശ്രദ്ധിച്ച ഇഷ്ടമല്ല അമ്മ അടുത്ത വീട്ടിൽ കുട്ടിയെടുത്ത മടിയിൽ വെച്ചാൽ വീട്ടിൽ കുട്ടി പോയി അതിനു ഒരു അടി കൊടുക്കും അതേപോലെ ഭഗവാൻ ഭഗവാനെ ഒഴിച്ച് നമ്മൾ എന്തെങ്കിലും വസ്തുവിനെ ശ്രദ്ധിക്കുകയാണെങ്കിൽ ഏകാന്ത ഭക്തന്മാരുടെ ശ്രദ്ധ അങ്ങോട്ട് പതറിപ്പോ ആ വസ്തു പറിച്ചിടും വേറെങ്കിലും ശ്രദ്ധിക്കുകയാണെങ്കിൽ ഭഗവാൻ തന്നെ പറയണം ഏത് വസ്തുവാണോ ഇവനൻ ഭക്തി ചെയ്യാൻ തടസ്സമായി നിൽക്കുന്നത് അത് ഞാൻ നശിപ്പിക്കും തദ്വിഷവും വിധുനോമ്യം അപ്പോ യാദോ ദിവരസയാ അന്നും കൊടുക്കില്ല ദ്വേഷ ഉദ്വേഗ ആദി വ്യസനം സംപ്രയാസ ചിലർക്ക് ധർമ്മം ചെയ്യണമെന്ന് വിചാരിച്ച തടസ്സം പണം സമ്പാദിക്കാൻ പുറപ്പെട്ടെ തടസ്സം സുഖഭോഗങ്ങൾ അനുഭവിക്കാൻ പുറപ്പെട്ടെ തടസ്സം അപ്പൊ എന്ത് ഇതാണ് അപ്പൊ നമ്മൾ ഇത്ര ഭജിച്ചതിന്റെ ഫലം ത്രൈവർഗികൾ വിദഗ്ധ വൃത്രന് ഇപ്പൊ തടസ്സമാണല്ലോ എല്ലാത്തിനും വൃത്രം പറയണത് എന്റെ പതി അസ്മത്പതി എന്റെ പ്രാണനാഥൻ എന്റെ ഭഗവാൻ ആ സുരന്റെ ഉള്ളിൽ എത്ര പ്രേമഭക്തി അസ്മത്പതിർവിധത്തെ എന്റെ പതിയായ പ്രഭു ത്രൈവർഗികായാസവിഘാതം ഇന്ദ്രൻ വിചാരിച്ചിരിക്കുന്നത് എന്റെ ഭഗവാൻ എന്നാണ് അതാണ് ഞാൻ എനിക്ക് വജ്രായുധം തന്നു ഗുരുവായൂരപ്പൻ എന്ന് പറഞ്ഞിട്ടാണ് മന്ദ്രൻ നിൽക്കുന്നത് ഈ വൃത്തൻ തോൽക്കുമ്പോ പറയുന്നു അസ്മത്പതിർവിധത്തെ എന്റെ പതി എന്റെ പ്രഭുവായ ഭഗവാൻ ധർമ്മത്തിനും അർത്ഥത്തിനും കാമത്തിനും ഒക്കെ വിഘ്നം നമ്മൾ ഊഹിച്ചോളണം ഭഗവാന്റെ പ്രസാദം വരാൻ പോകുന്നു പുറകെണ്ണം സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പ് അരുണോദയം വരുന്ന പോലെ ഭഗവാന്റെ അനുഗ്രഹം വരുന്നതിന് മുമ്പ് ലൗകികമായ സകല വ്യാപാരത്തിനും തടസ്സം ഏർപ്പെടുത്തുന്നു അതാണ് വൃദ്ധറിന്റെ സിദ്ധാന്തം ലൗകികമായ സകല വ്യാപാരത്തിന് അങ്ങോട്ട് അനങ്ങാനും ഇങ്ങോട്ട് അനങ്ങാനും ഒന്നും ചെയ്യാൻ സമ്മതിക്കാതെ ഭഗവാൻ തടസ്സം ചെയ്യുമ്പോ ഊഹിച്ചോടാ ഭഗവത്പ്രസാദോ അനുമേയോ ഭഗവത് പ്രസാദ അനുമാനിച്ചോടാ അധികം വൈകാതെ ഭഗവാന്റെ പരമകൃപയുടെ ഒഴുക്ക് ഉണ്ടാവാൻ പോകുന്നു യോ ദുർലഭോ അഹിഞ്ചനഗോചരോ അഹിഞ്ചനന്മാർക്കാണ് ആ ഭഗവാന്റെ ആ ഉണ്ടാവുന്നത് ഇത്രയും ഇന്ദ്രൻ ഉപദേശിക്കുന്നു ഇന്ദ്രൻ ഇങ്ങനെ അന്താളിച്ച് നിൽക്കുകയാണ് ഇന്ദ്രനെ ഇങ്ങോട്ട് മറന്നു അത് യുദ്ധ ഭൂമിയെ നിക്കനെ വിട്ടുവിട്ട ദൃഷ്ടി എങ്കയോ വേക്കൻ സ്പേസ് പാത്ത ഹൃദയത്തിലെ ഭഗവാന് തെറ്റിണ്ടേക്കാം വിത്തരനുക്ക് ഇന്ദ്രനുകേസറു പോയി ഇന്ദ്രൻ ഡയറക്റ്റാവേ വിൻ ഭഗവാനുകേശ തുടങ്ങുക അഹം ഹരേ തവ പ മൂലദാസാനുദാസോ ബിദാസ്മി ഭൂമിയ മനഃസ്മരെത അസുപത്തെ ഗുണംസ്തേ ഗൃണീതവാ കർമ്മ കോതു കാപം നരമേഷ്ടം നൗമധിപത്യോസിദ്ധീ അപുനർഭവം अपुनर्भवं സമജസവാ വിരഹയ കാംഷ അജാതാ ഇവ മാദാഹ സ്തന്യം യത്സതരാക്ഷുധർ പ്രിയം പ്രി വ്യൂഷിതം വിഷന് മനോ അരവിന്തി ദൃക്ഷതി ോത്തമ ശ്ലോകജനേഷു സഖ്യം സംസാര ചേ ഭ്രമത സ്വർമ്മ ത്മായാത്മാത്മജാരഗേഹു ആസക്തചിത്ത നാഥ ഭൂയാത് അഹം ഹരേ തവ ൂലദസുദാസോ ഭവിതൂയ ഹേ പ്രഭു ഞാനവിടുത്തെ ദാസനായിട്ടിരിക്കാൻ യോഗ്യനല്ലാതെ ഇരിക്കാം ദാസാനുദാസോ ഭവിതമൂയ കുലശേഖർ ആഴ്വാ പാട്ട് എല്ലാവർക്കും തരീമേ ത്വൃൃത്യഭൃത്യ പരിചാരകൃത്യഭൃത്യഭൃത്യസ്യ ഭൃത്യു മാം സ്മരലോകനാഥ അടിയാറുണ്ട് അടിയാറ് അടിയാറ് അടിയാ അടിയാർക്കും അടിയാസം അഹങ്കാരത്തെ പഴക്കി എടുക്കണോക്കാ മെടുക്കണോക്കാ ഇന്ന് ദാസഭക്തി ഉത്തമം ദാസഭക്തി ഉത്തമം ഇത് എല്ലാത്തിൽ വേണ കൊഞ്ച അഹങ്കാരം ഉള്ള ഉള്ള ദാസഭക്തിയില ദാസനക്ക് തന്നോട് ഇച്ഛയേ ഇല്ല അഹംഹരേതവ പാതൈകമൂലാസാദാസോ അവിടുത്തെ പാദ ദാസന്മാരുടെ ദാസനായിട്ട് ഞാൻ ഇരുന്നുക മനസ്സ് സ്മരിക്കട്ടെ എന്താ സ്മരിക്കേണ്ട അസുപതേ ഹേ ഗുണാൻ അസുപതി എന്ന് ഭഗവാൻ പേര് വൃത്രനാ കൊടുത്തിരിക്കുന്ന പേര് അശുപതി അശുപതിനാ പ്രാണനാഥൻ അർത്ഥം അസുന പ്രാണൻ മനസ്മരേത് അസുപതേഹേ ഗുണാന്ത സ്തുതി പണിണ്ടേക്കണം കർമ്മ കരോ ദുഹാ ശരീരം എന്നാ പണട്ടുമേ ശരണാഗതി പണിനവൻ അവനുക്ക് എന്ത ഇച്ഛയും കയ്യാതെ വെച്ചിട്ട് ശരണാഗതി പണ ശരണാഗതിയെ ആകാതെ വൈഷ്ണവ സമ്പ്രദായത്തിലരണാഗതി ചിന്നം പോട്ടപ്പാ ഒന്നും അയ്യങ്കാർ പേര് ഇല്ലാ അഞ്ച് അംഗങ്ങളിലിന്ന പോ അത് വന്ന് ശരണാഗതി പണുങ്ങന് കൊടുക്കരു ആ ശരണാഗതി വന്നുടാ നീ ശരണാഗതി പണന ഞാപകടുത്ത സമ്പ്രദായത്തിലെ നീ ശരണതിയോടെ അഹങ്കാരത്തെ എഴുംബ വിടാതെ ഭഗവാനോട് അടിമക ഉള്ള വരുത്തവോ നാങ്കർ ഒതിക്കാമൊക്കെ ഒരു സന്തേശം താ ശരണാഗതി പണിഞ്ഞാലും മാത്രം അത് ചിങ്ങം പോട്ട് മാത്രം ശരണാഗതി ആയിടത് ഒരു അമ്മ വിഷമമാ കുടുംബ പ്രശ്നങ്ങ വൈഷ്ണവ സമ്പ്രദായത്തിലേ നമ്മളാലും ശരണാഗതി പണ്ണുങ്ക ഭഗവാന് ശരണാഗതി പണിയാച്ച അപ്പവും പ്രാപ്ലം പോ ശരണാഗതി പണിയാച്ചാ എന്നാ ചിന്നെല്ലാം പോട്ടുണ്ടാച്ചു പോകലേ ശരണാഗതി ആയിടപിത്ര അനകണ്ടീഷണൽ സരണ്ടർ രമണ ഭഗവാന് ഒരു പാട്ട് കാട്ടിത്തര അരുണാചലത്തു അമ്പത്തിനാല് വർഷം അടിമയോ ഉണ്ടാകേ അത് സന്നിധിയെ വിട്ട് വളകാമ അണാമലയായ് അടിയേനെ ആണ്ട അവി ഉടൽ കൊണ്ടായ്ക്കോർ കുറയുണ്ടോ കുറയും ഗുണമും നീയല്ലാൽ എന്നേൻ ഇവറ്റൈൻ ഉയരേ എണ്ണം എതുവോ അത് ചെയ് കണ്ണേ ഉന്ത കഴലിനയിൽ കാതൽ പെരുക്കേ തരുവായേ എപ്പ എന്ന ആൾക്കൊണ്ടെയോ എപ്പ എന്നെ പിടിച്ചുണ്ടെയോ അവി ഉടൽ കൊണ്ടായ് സാധാരണമാമേവാൾ ആവി ഉടൽ പൊരുൾ ചല്ലിരുക്കാദേവരാജ മുതൽ യാരുങ്ങനെ ഭക്തർ കേട്ടോ ഭഗവാനെ പൊരുൾ വിട്ടില്ലേ ഇന്നാ താനേ കൊടുക്ക എന്തൊരു ആവി ഉടലങ്ക കൊടുക്കും പൊരുൾ താനേ ഇനി നമ്മ ഇരിക്കൂടെ അവളോടാൾ സങ്കൽപ്പം തന്നെ ആവി ഉടൽ കൊണ്ടായി എനക്കോർ കുറയെ ഉണ്ടോ മനസ്സെ നീ പിടിച്ച് വിട്ട ഉടമ്പ പിടിച്ച് എനക്ക് ഒരു കുറയുണ്ടോന്ന് കേക്കറുരു കുറെ ഉണ്ടോ അവർ നമ്മളിസിൽ ഉണ്ട് യാറാവാ അരുണാചലത്ത് വന്ന ടൈമില് ഉടുത്തിക്കൊരേ കോമണം മാത്തിക്കോമനം കിടന്ന അന്ത ഓട്ടയായി അതിലേന്ത് നൂല് എടുത്ത് കാട്ടിലേന്ത് ഒരു മുള് എടുത്ത് അത് മുള്ള ഊസിയാ വെച്ചിട്ട് അത് മുള്ള എടുത്ത് അത് കോമണത്തിലേ എടുത്ത നൂലെയേ അച് അപ്പ കോർ കുറെ ഒരേ തോത്ത് അത് ആയിരം ഓട്ട് ഒരു കല്ല് കെടുക്കല വെച്ച് വെച്ച് യാാരും കാണാൻ പാത്ര അപരിഗ്രഹ ധർമ്മം യാരത് പുതിശ വാങ്ങി കൊടുത്താലോ അതോ ആരും പാക ഒരു വെച്ചിട്ട് ഒരു ആട് മേയ്ക്കയം പാത്താ അവ പരിഹാസം ആയിരം ഓട്ട മുരുനാ സ്വാമികൾ സന്നിധി മുറിയ പാട്ടിലെ സഹസ്രാക്ഷൻ ോർത്തോ തോർത്ത മുണ്ടോ രൂപത്തിലും തരമാെടുത്തു വരുവാ എടുത്തു വന്ന് എത്ര ആൾക്കാളോ അത് തകുന്നപടി അരിശിലെ തന്നിയെ ഊത്തറ അതില ഉപ്പ് പോകില്ല ഉപ്പക്കല്ലക്കളെ തേച്ച വായില വിട്ട അത് മാറി ബിക്ഷാൻ ഐഡിയ എഴുതിന ഇത് എനക്ക് ഒരു കുറുണ്ടോ ഒരു കുറവും കിടാവ് ആ കുറയും ഗുണമും നീ അല്ലാതെ എണ്ണേ ഇവച്ച അത് കുറയാും ഗുണമാനോട് പ്രസാദമേ തവല നെനച്ചുക്കട്ടേ ഉയരേ എണ്ണം എതുവോ അത് അന്തർയമിയുള്ളവോ അത് പിടിമോ എന്നോം കൊടുക്കണവർത്തിണ്ടോ കുറെ കുറച്ചിലേ ഇല്ല അത് മാറി ഒരു ഭാവം ഗ്രാറ്റി ഫുൾ വന്നാലേ ഹൃദയം നറഞ്ഞ വസ്തുക്കള ഹൃം നറിയാതെ ഹൃദയം നമുക്ക് മനുഷ്യൻ പിച്ചക്കാരനാ അലയറും അവക്ഷാ പാത്രം നമുക്ക് മനസ്സിലാത്രം അവ ചക്രവർത്തികളാ കയ്യിലും നമ്മക്കാർ കൂടെ മനസ്സിലിക്ഷാ പാത്രം പാത്രത്തെ വെച്ചിട്ടേതാ നടക്കണം ദേഹി ദേഹി ദേഹി ദേഹി ദേഹി പാളയമാക്കാമ കേക്കാമ മനസ്സു കേക്കാമോ ഉള്ളേന്ന് നെറവ്ക്കണംഷ്ട സതതം യോഗി ഭഗവാൻ എന്ന നന്നായി വെച്ച കഷ്ടം എന്താണോ കുറയും ഗുണമും നീയല്ലാൽ എണ്ണേവൈ എന്ന ഉയരേ എണ്ണം എതുവോ അതു ചെയ് കണ്ണേ ഉന്ത കഴലിനയിൽ കാതൽ പെരുക്കേ തരുവായേ ഉണ്ടോ പെരുക്ക് പ്രിയം പ്രേമ ഭക്തി വേണം ഇങ്ങ വിത്തരൻ ചനക്ക് ഒന്നും വേണ്ട എതുമേ നാ ആശപ്പെടലേ നാകപൃഷ്ടം നാരമേഷ്ട്യം നാർവഭൗമം ന രസാധിപത്യം സ്വർഗത്തിൽ പോയി ഇരിക്കണം എന്ന് ആഗ്രഹമില്ല ബ്രഹ്മാവിന്റെ പദത്തിൽ ഇരിക്കണം എന്ന് ആഗ്രഹമില്ല ഭൂമിയിൽ ചക്രവർത്തിയായിരിക്കണം എന്ന് ആഗ്രഹമില്ല രസാതലത്തിൽ അധിപതിയാവണം എന്ന് ആഗ്രഹമില്ല ഒന്നും വേണ്ട വേണ്ട യോഗസിദ്ധികളൊക്കെ വരും ചിലപ്പോൾ ന യോഗസിദ്ധിഹി വേണ്ട ഭഗവാനെ ഒരു സിദ്ധിയും എനിക്ക് വേണ്ട ന യോഗസിദ്ധിഹി അങ്ങനെയൊക്കെ ആണെങ്കിൽ ഇനി പുനർജന്മം വരാതിരിക്കണം എന്നല്ല ആഗ്രഹമുണ്ടോ അപുനർഭവം വാ എത്ര ജന്മം ഉണ്ടാവട്ടെ സമഞ്ചസത്വ വിരഹയ്യകംഷേ ഭഗവാന്റെ സ്വരൂപം എന്താണ് സമഞ്ജസഹ സമഞ്ജസൻ എന്ന് വെച്ചാൽ എല്ലാറ്റിന്റെയും കൂടെ ചേർന്നിരുന്ന് എല്ലാത്തിനെയും തന്നിൽ അടക്കിക്കൊണ്ട് നിൽക്കുന്ന വസ്തു എല്ലാറ്റിനു പുറകിലും അതുകൊണ്ട് എല്ലാം അതിലടക്കമാണ് എല്ലാം എല്ലാ ഗുണങ്ങളും അതിലുണ്ട് ശാന്തിയെ അതിന്റെ സ്വരൂപം ഹേ പ്രഭു ശുദ്ധ ജ്ഞാനസ്വരൂപനായ അവിടുത്തെ ഹൃദയത്തു നിന്ന് ഈ ശരീരത്തിനേ ഞാൻ എന്ന് കരുതി മനസ്സിനെ ഞാൻ എന്ന് കരുതി ഉപാധിയേ ഞാൻ എന്ന് കരുതി അവിടുത്തെ പിരിഞ്ഞിരുന്ന് വിഷമിച്ചതൊക്കെ എത്രയോ വിഷമിച്ചു അത് പാഴ ഭഗവാന് വന്ന് പാഴിനിൽ വീഴാതെ ഏഴയ കാത്തു ഉൻ പദത്തിനിൽ ഇരുത്തി വൈത്തനേ ഇത് ഉടമ്പുതാ പാൾ മനസ്താ പാൾ മനസ്സും ഉടമ്പും പാഴുങ്ക എന്നാ അത് പാഴടഞ്ഞ് പോക പോ ശരീരത്തിൽ നിന്നും മനസ്സിൽ നിന്നും വേർപിരിഞ്ഞ് സ്വരൂപത്തിൽ നിൽക്കാനുള്ള വിരഹം വൃത്തിനിൽ പതുക്കെ പതുക്കെ ഉണ്ടായി തുടങ്ങി എന്താന്ന് വെച്ചാൽ ആ തത്വം കഴിഞ്ഞ ജന്മത്തിൽ വിദ്യാധര ശരീരത്തിൽ സംഘർഷണമൂർത്തി ഉപദേശിച്ചതാണ് പക്ഷേ ഇത്രകാലം പൂർണ്ണമായി അവിടെ നിൽക്കാൻ ഒത്തില്ല ഭഗവാനെ പിരിഞ്ഞിട്ടുള്ള വിരഹം ഒരു പക്ഷി മുട്ടയിട്ടാൽ മുട്ടയ്ക്ക് അടയിരുന്ന് ആ മുട്ടയ്ക്ക് ചൂട് കൊടുത്ത് ചൂട് കൊടുത്ത് ചൂട് കൊടുത്ത് മുട്ട പൊട്ടി കുഞ്ഞുങ്ങൾ പുറത്തു വരും അപ്പോഴും തന്റെ ചിറകിന്റെ ഉള്ളില് ആ കുഞ്ഞുങ്ങളെ വെച്ചുകൊണ്ടിരിക്കും ആ കുഞ്ഞുങ്ങൾക്ക് അമ്മ എന്ന് വെച്ചാൽ ഒരു പ്രൊട്ടക്ഷൻ ഒരു രക്ഷയ അമ്മ അങ്ങനെ അങ്ങോട്ട് പോയാൽ കുട്ടികൾക്ക് ഇരിക്കും പൂർത്തിയില്ല സഹിക്കുവയ്യ ഈ തള്ളപ്പക്ഷി ഇരപിടിക്കാനായി പറന്നുപോയാൽ ഈ പക്ഷി കുഞ്ഞുങ്ങൾ പോയ ദക്കിലേക്ക് നോക്കിക്കൊണ്ട് കണ്ണിന് പുറകിൽ ഹൃദയത്തിനെ വെച്ചുകൊണ്ടേ എല്ലാ അപകടം എന്ത് അപകടങ്ങളും സംഭവിക്കാം പാമ്പ് വരാം വലിയ പക്ഷികൾ വന്ന് പിടിച്ചോണ്ട് പോവാം എന്തെങ്കിലും ജന്തുക്കൾ എല്ലാ അപകടങ്ങളും ചുറ്റും സംഭവിക്കാം ഈ കുഞ്ഞുങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും നിലവിളിച്ച ശബ്ദം പറക്കാൻ ചിറകില്ല രക്ഷപ്പെടാൻ ആയുധമില്ല ബലമില്ല നിസ്സഹായം തികച്ചും നിസ്സഹായമാണ് അമ്മ പക്ഷിയുടെ കൂടെ പറക്കാനോ വയ്യ ഈ നിസ്സഹായതയാണ് ആ കുഞ്ഞുങ്ങളുടെ ബലവും രാമകൃഷ്ണ പരമവംസർ പറയും കണ്ണീരാണ് ഭക്തന്റെ ബലം എന്ന് പറയും എനിക്ക് ഒന്നും കഴിയില്ല എന്നെ കൊണ്ട് ഒന്നും സാധിക്കില്ല എന്നുള്ള പരിപൂർണമായ ജ്ഞാനമാണ് ഭക്തന്റെ ബലം നമ്മള് സാധിക്കില്ല ഒക്കെ ഗുരുവായൂർപ്പനാണെന്നൊക്കെ വായു കൊണ്ട് പറയും എന്നാലും നമ്മൾ ചെയ്തിട്ടില്ലെങ്കിൽ താൻ പാതി ദൈവം പാതി എന്നിട്ട് പറയും ആവശ്യം വരുമ്പോഴൊക്കെ താൻ പാതി ദൈവം പാതി എന്ന് പറയും അതാണ് ഒരു കുട്ടി പറഞ്ഞു അത്ര ദൈവത്തിന്റെ പാതി ഫിഫ്റ്റി പെർസെന്റ് മാർക്ക് കിട്ടിയാൽ മതി എനിക്കാണ് താൻ പാതി ദൈവം പാതി എന്നുള്ളതിന് അർത്ഥം എന്താന്ന് വെച്ചാൽ തന്റെ പാതിയായിട്ടുള്ള അഹങ്കാരം മാക്സിമം പ്രവർത്തിച്ചത് അതിന്റെ മൊനമ്പ് പൊട്ടിയാൽ ദൈവത്തിന്റെ പാതി വരും അതുവരെ വല്ല ദൈവത്തിന്റെ പാതി താൻ പാതി വെച്ചാൽ തന്റെ പ്രവർത്തനം പാതിയാണ് സത്യം പക്ഷെ ആ പ്രവർത്തനം എന്തിനാന്ന് വെച്ചാൽ പ്രവർത്തനം കൊണ്ട് കിട്ടാനല്ല പ്രവർത്തനം കൊണ്ട് കിട്ടില്ല എന്നുള്ള വ്യക്തമായ അനുഭവം ഹൃദയത്തിൽ ഉണ്ടാവാനായിട്ടാണ് പ്രയത്നം തന്റെ പാതി അവസാനിച്ചു കഴിഞ്ഞാൽ ഭഗവാന്റെ കൃപ വരും ദ്രൗപതി ഒക്കെ അങ്ങനെ കരഞ്ഞു വിളിച്ചു പ്രവർത്തിച്ചു നോക്കി രക്ഷപ്പെടാൻ നോക്കി ഗജേന്ദ്രനും നോക്കി തന്റെ പാതി അവസാനിച്ചപ്പോ ഭഗവാന്റെ കൃപ ഈ പക്ഷിക്കുഞ്ഞുങ്ങൾക്ക് പറക്കാൻ വയ്യ തള്ളപ്പക്ഷിയുടെ കൂടെ പോകാൻ വയ്യ അവിടെ കിടന്ന് നിലവിളിക്കും അജാത പക്ഷായി പക്ഷം ചിറകു പക്ഷിക്കുഞ്ഞുങ്ങൾ തള്ളപ്പക്ഷിയെ കണ്ടുകൊണ്ടിരിക്കുന്ന പോലെ പശുക്കിടാവാം പാല് കുടിക്കേണ്ട സമയമായാൽ കയർ കിട്ടിയിട്ടുണ്ട് കയറിന് എത്രയും നെള്ളമുണ്ടോ അത്രയും നീളം ആഞ്ഞിട്ട് തള്ളപ്പശുവിന്റെ അകിടം നോക്കിക്കൊണ്ട് നിൽക്കും നള്ളപ്പശു ഇങ്ങട് വരാൻ വയ്യ കടാവിന് അങ്ങോട്ട് പോകാൻ വയ്യ അഴിച്ചു വീണ് വരെ പോകണം ഇത് പ്രാരബ്ധ ജീവന്റെ സ്ഥിതി കുറച്ചൊരു സ്വാതന്ത്ര്യം ഉണ്ട് അല്പം ജപം ചെയ്യണു ധ്യാനം ചെയ്യണു അമ്പലത്തിൽ പോകണു ഇതാണ് ഈ ആഞ്ഞു നിൽക്കൽ പക്ഷെ ഒന്നും കാര്യമില്ല പിന്നെയും അകിട് എത്തണില്ല അകിഡിൽ വായവെക്കണവരെ എത്ര ദൂരം ആഞ്ഞിട്ടും കാര്യമില്ല ഞാനെന്തൊക്കെ ചെയ്യേണ്ടത് ജപം ചെയ്യണ്ട പ്രാണായാമം ചെയ്യുന്നു ശീർഷാസനത്തിൽ നിൽക്കണു ഹടയോഗ ആസനമൊക്കെ ചെയ്യുന്നു എന്നിട്ടിപ്പോ എന്തായി കുറെ ദിവസമായിട്ടെന്ന് വെച്ചപ്പോ ഇടുപ്പ് വേദനയുണ്ടിപ്പോ കുറച്ച് കുറെ സാധനങ്ങൾ ചെയ്തു ഉദ്ധവർ പറയുന്നുണ്ട് ഭഗവാൻ പറഞ്ഞു ഉദ്ധവർക്ക് ഒരു അധ്യായം മുഴുവൻ യോഗ ഉപദേശിച്ചു കൊടുത്തു ഉദ്ധവർ പറഞ്ഞു ഗുരുവായൂരപ്പ മിണ്ടല് വയസ്സ് ഇരുപത്തി നൂറ്റി ഇരുപത്തിരണ്ട് വയസ്സിന് മേലായി ഇനിയാണിപ്പോ ആ നേരെ ചൊവ്വേ നിൽക്കാനേ വയ്യ മാത്രമല്ല ജീവിതം മുഴുവൻ യോഗ ചെയ്ത ആളുകളെയൊക്കെ ഞാൻ കുറെ കണ്ടു ഉദ്ധവരാണ് പറയണത് ീകാക്ഷ യോഗിനോ യുഞ്ചതോ മനഹ വിശീദന്തി അസമാധാനാൻ മനോനിഗ്രഹ കർഷിതാഹേ ഭഗവൻ യോഗികൾ മനസ്സിനെ നിയന്ത്രണം ചെയ്യാനായി യോഗ സാധനങ്ങളൊക്കെ ചെയ്ത് വിഷമിച്ച് തളർന്നുപോയി അവസാനമാകപ്പോ തമിഴിലെ ചെന്ന് എന്താ പേ അറിഞ്ഞ മാതിരി മാതിരി മനോനിഗ്രഹ കർഷിതാ അപ്പൊ സാധനയും പ്രയത്നവും ഒക്കെ ചെയ്തു ഈ കയറിന് എത്ര നീളമുണ്ടോ അത്രയും നീളം ആഞ്ഞു നിന്നിട്ടും രക്ഷയില്ല സ്തന്യം യഥാവു പ്രിയം പ്രിയേവഭ്യൂഷിതം വിഷണ്ണ മനോ അരവിന്ദാക്ഷതിവാം അടുത്ത ഭഗവാനെ വരിച്ചു രുമിണി ദേവി ഭഗവാനെ വരിച്ചു ഭഗവാൻ മാത്രമാണ് എനിക്ക് സ്വന്തം എന്ന് വരിക്കുന്നത് ജീവന്റെ സ്വഭാവം അവരണം വരണം ചെയ്തിട്ട് പ്രിയം ഏർപ്പെട്ട് കഴിഞ്ഞു പ്രിയം തന്നെ അനുഭവത്തിന്റെ മുൻ മുൻപടിയാണ് പ്രിയം ഏർപ്പെട്ട് കഴിഞ്ഞു പക്ഷെ വിരഹമുണ്ട് ഭഗവാൻ എപ്പവരും എപ്പവരും എപ്പവരും പ്രിയം പ്രിയവ വിഷിതം വിഷന്നാ മനോ അരവിന്ദാക്ഷതേ ത്വാം മനസ് ഹേ ഭഗവൻ അത്രയും വിരഹത്തോടുകൂടെ അവിടുത്തെ അനുഭവത്തിനായി പെടഞ്ഞുകൊണ്ടിരിക്കുന്നു ഇനിയൊരു ജന്മം ഉണ്ടാവുകയാണെങ്കിൽ ഉണ്ടാവട്ടെ എനിക്ക് സത്സംഗം തരും ദുഃസംഗത്തിൽ എന്നെ തള്ളിക്കളയരുത് മമോത്തമ ശ്ലോകജനേഷു സഖ്യം സംസാര ചക്രേ ഭ്രമതസ്വകർമ്മവി ത്വന്മായാത്മാത്മജാരകേഹേഷു ആസക്തചിത്ത നനാഥഭൂയാത് ലൗകികന്മാരുടെ ഇടയിൽ തള്ളിക്കളയരുത് ഭഗവാന് അവരവരുടെ സൗഖ്യങ്ങളും ഒക്കെ വെച്ചുകൊണ്ടിരിക്കട്ടെ അവർക്ക് വേണ്ടത് വേറെ ഞങ്ങൾക്ക് വേണ്ടത് വേറെ ഒരു ഭക്തൻ പറഞ്ഞു യൂ എം യൂ വയം വയം നിങ്ങൾ നിങ്ങളാണ് ഞങ്ങൾ ഞങ്ങളാണ് എന്താ ഇപ്പൊ ഞങ്ങൾക്കും വ്യത്യാസം എന്ന് വെച്ചാൽ അർത്ഥകാമപരാ യൂയം നാരായണപരാ വയം തസ്മാർവേഷു കാലേഷു യൂയം യൂയം വയം വയം നിങ്ങൾക്ക് അർത്ഥമാണ് മുഖ്യം കാമമാണോ മുഖ്യം ഞങ്ങൾക്ക് നാരായണനാണോ മുഖ്യം അർത്ഥകാമപരാ യൂയം നാരായണപരാ വയം തസ്മാത് സർവേഷു കാലേഷു യൂയം യൂയം ഭയം ഭയം നിങ്ങൾ നിങ്ങളാണ് ഞങ്ങൾ ഞങ്ങളാണ് നമ്മൾ തമ്മിൽ ചേരാൻ ഒക്കില്ല എന്നാണ് അതുകൊണ്ട് എന്ത് വേണമെങ്കിലും ഈ ഭക്തൻ ഒരാഗ്രഹവുമില്ലാത്ത ഭക്തൻ ഒരു പ്രാർത്ഥന പറഞ്ഞു ദൈവചേതി ഈ സംസാരികളുടെ നടുവിൽ കൊണ്ട് അവർക്ക് നമ്മളെ മനസ്സിലാവില്ല നമുക്ക് അവരെ മനസ്സിലാവില്ല നമ്മളെ കാരണം അവർക്ക് ഉപദ്രവം അവരെ കാരണം നമുക്ക് ഉപദ്രവം രണ്ടുപേരും എന്തിനും വെറുതെ ഉപദ്രവിക്കണം സംസാരചക്രേ ഭ്രമത സ്വകർമ്മി ത്വന്മായാ ആത്മാ ആത്മജാരു ആസക്തചിത്തൂ ഇത്രയും പറഞ്ഞു വൃത്രൻ കുറെ നേരം സമാധിസ്ഥിതിയിൽ നിന്നു പിന്നെ കണ്ണു തുറന്നു ഇന്ദ്രൻ ഇങ്ങനെ ആശ്ചര്യമായി നോക്കി നിൽക്കുന്നു ഉടനെ വാളെടുത്തു വരൂ വെട്ടു എന്ന് പറഞ്ഞു ഒരു ഗർജനം ആശ്ചര്യം ഇന്ദ്രൻ ഇത്രയും നേരെ സമാധി ഭാവസമാധിയിലൊക്കെ ഇരുന്നാൾ ഇപ്പൊ വാളെടുക്കുകയാണ് യുദ്ധത്തിന് എന്തിനാപ്പോ വാളെടുക്കണതെന്ന് വെച്ചാൽ ഏവം ജിഹാസുഹു നിരുപദേഹമാജോ മൃത്യും മരണം എന്തായാലും വരാമോന്ന് ഈ ജയിച്ചിട്ട് ഞാൻ ജയിച്ചു എന്ന് പറഞ്ഞാൽ അഭിമാനിയായിട്ട് ഇരിക്കുന്നതിനേക്കാളും മരിക്കണതാണെന്നല്ലതെന്ന് തീരുമാനിച്ച അതുകൊണ്ട് മരിക്കാം ഇന്ദ്രനോട് യുദ്ധം ചെയ്തു ഇന്ദ്രൻ രണ്ട് കൈയും വെട്ടി വൃദ്ധനെ കൈയൊക്കെ വീണ് അവിടെ കിടക്കണോ അത് വൃദ്ധൻ നോക്കിക്കൊണ്ട് നിൽക്കണു ഈ ചോദിച്ച ജ്ഞാനം വൃദ്ധനുണ്ടായി എന്ന് വൃദ്ധനെ തന്നെ ഉറപ്പായി അത് കണ്ടോട്ടെ വൃദ്ധനൻ പറഞ്ഞു ഇന്ദ്രനോട് ഏ ഇന്ദ്ര ഈ ശരീരം ഞാനല്ല ഇത് കണ്ടില്ലേ ഇത് മുറിഞ്ഞു കിടക്കണു എനിക്ക് യാതൊരു കുഴപ്പമില്ല ഈ ദേഹം ഞാനല്ല ഓജസഹോബലം പ്രാണം അമൃതം മൃത്യുമേവത് എല്ലാം ഒരു ഭഗവാൻ നമ്മളുടെ പുറകെ ഇരുന്നുകൊണ്ട് നമ്മളെയൊക്കെ കടുപ്പിക്കുന്നു ആ അന്തര്യാമിയായ ഈശ്വരൻ അന്തരാത്മാവായി നമ്മളുടെ ആത്മസ്വരൂപിയാണ് ആ ഈശ്വരനെ അറിയാതെ ആത്മാനം മന്യത്തെ ജഡം അറിവില്ലാത്തവൻ തന്നെ ജഡമായിട്ട് തന്നെ ശരീരമായിട്ട് ധരിക്കുന്നു ഈ ശരീരം വെറും ഒരു മരത്തടി വെറുവരു മരത്തടി യഥാ ദാരുമയി നാരി യഥാ യന്ത്രമയോ മൃഗ ഏവം ഭൂതാനി മകവന് ഈശതന്ത്രാനി വിധിഭോ മരം കൊണ്ടുണ്ടാക്കിയ ഒരു പാവ നർത്തനം ചെയ്യുന്നു യന്ത്രം കൊണ്ടുണ്ടാക്കിയ ചിലതൊക്കെ ചലിക്കുന്നു ഇത് കണ്ടിട്ട് ആളുകൾ ആ പാവയാണ് ചലിക്കുന്നതെന്ന് പറഞ്ഞ ഈ ശരീരത്തിനെ മാത്രം കാണുന്ന ആളുകൾ ശരീരത്തിനെ വാ വാസ്തവമായ വസ്തു എന്ന് ധരിച്ച് ശരീരത്തിനെ വ്യക്തി എന്ന് ധരിക്കുന്നു ഈ ശരീരം ഞാനല്ല ഈ ശരീരം എന്റെ സ്വരൂപവുമല്ല ഞാൻ നിത്യശുദ്ധി ശുദ്ധമായ ആത്മവസ്തുവാണ് തന്നെ കർത്താവാണ് ഭോക്താവാണെന്ന് ധരിച്ച അജ്ഞാനികളാണ് മയങ്ങിപ്പോകുന്നത് ഹേ ഇന്ദ്ര ഒരു കാര്യം പറയാം അകീർത്തി യശസ് ജയം പരാജയം ലാഭം നഷ്ടം എല്ലാവർക്കും ജീവിതത്തിൽ വരും ഇതിലൊക്കെ താനും ഞാനും ഒക്കെ സഹോദരന്മാരെ പോലെയാണ് അതുകൊണ്ട് തനിക്ക് ഞാൻ ചില കാര്യമൊക്കെ പറഞ്ഞു തരാൻ അറിഞ്ഞോളാം യുദ്ധം ചെയ്യുന്നത് ഇപ്പൊ ശത്രുതയൊക്കെ തൽക്കാലം ഒരു നാടകം തസ്മാത് അകീർത്തി യശസോ ജയാപജയയോരപി സമസ്യാത് സുഖദുഃഖാഭ്യം മൃത്യുജീവിതയോ തഥാണ് മൃത്യുവാണെങ്കിലും ശരി ജീവിതമാണെങ്കിലും ശരി ജയമാണെങ്കിലും ശരി പരാജയമാണെങ്കിലും ശരി ലാഭമാണെങ്കിലും ശരി നഷ്ടമാണെങ്കിലും ശരി സമസ്ഥിതി വിടാതെ ഇരിക്കണം അവനാണ് ധീരൻ സത്വഗുണവും ഉണ്ടാവും ചിലപ്പോൾ രജോ ഗുണവും ഉണ്ടാവും തമോ ഗുണവും ഉണ്ടാവും ഇതൊക്കെ പ്രകൃതിയുടെയാണ് ആത്മാവിന്റെ അല്ല സത്വം രജസ്തമ ഇതി പ്രകൃതോ ഗുണാഹ താക്ഷിണം ആത്മാനം യോവേദ നീ സത്വഗുണരജോ ഗുണതമോ ഗുണമയമായ പ്രകൃതി ഞാനല്ല ഞാൻ എല്ലാത്തിനെയും കണ്ടുകൊണ്ടിരിക്കുന്ന സാക്ഷിയാണെന്ന് ആരും അറിഞ്ഞിരിക്കുന്നു അവൻ ഈ സത്വരജസ്തമോ ഗുണങ്ങൾ കൊണ്ട് ബന്ധിക്കപ്പെടില്ല അതുകൊണ്ട് ഹേ ഇന്ദ്ര ഈ തത്വം അറിഞ്ഞോളൂ എന്ന് പറയുമ്പോ ഇന്ദ്രൻ കയ്യിലുള്ള വജ്രമൊക്കെ മാറ്റിവെച്ച് വീണു എന്ന് നമസ്കരിച്ചു അഹോ ദാനവ सिद्धौसी ये मदिरीदृशि भक्त सर्वात्न सुहृदम जगदीश्वर भवन अदारशी मायांवई वैष्णवीं जनमोहिनी आसुरम भाव महापुराम गेदानवा नी सिद्धन साधारण मनुष्यकोल ई आसुर भाव विहापुषा गापुषन तीर् तोड़ याुद्ध മനുഷ്യർക്ക് എല്ലാം കൊണ്ടും കിടക്കാൻ വിഷമമായിട്ടുള്ള ഈ വൈഷ്ണവി മായയെ നീ തരണം ചെയ്തിരിക്കുന്നു നിന്നോട് ഞാൻ എങ്ങനെ യുദ്ധം ചെയ്യും എന്ന് ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കുമ്പോ വൃത്രൻ പറഞ്ഞു നീ ഇപ്പൊ സമയമില്ല ഇന്ദിരൻ ഇപ്പൊ ഭക്തനായിട്ട് പറയാ വിഷമമാവും കാര്യം നടക്കില്ല ഇന്ദിരനെ എടുത്ത് വായിലിട്ടു വൃത്രൻ എടുത്ത് വിഴുങ്ങി ഇന്ദ്രൻ വയറ്റിൽ ചെന്ന് വൃത്രനെ വധിച്ചുകൊണ്ട് പുറത്തു വന്നു അങ്ങനെ വൃത്രഹത്യ ഉണ്ടായി ആ വൃത്രഹത്യയുടെ പാപം കളയാനായി ഇന്ദ്രൻ ഒരുപാട് വിഷമിക്കേണ്ടി വന്നു വൃത്രൻ ഇത്തരത്തിലൊരു ജ്ഞാനബലം എവിടെ കിട്ടി എന്നാണ് അടുത്ത സംശയം അതിന് ഇവിടെ ശുഖബ്രഹ്മ മഹർഷി പറഞ്ഞു കൊടുക്കുന്നു പൂർവജന്മത്തിൽ ചിത്രകേതു എന്ന രാജാവ് ഒരാളുണ്ടായിരുന്നു ചിത്രകേതുവിന് അനേക രാജ്ഞിമാരുണ്ടായിരുന്നു പക്ഷെ മക്കളുണ്ടായില്ല അങ്ങനെ ഇരിക്കുമ്പോൾ പരമഭക്തനാണ് ചിത്രകേതു അങ്കിരസ് മഹർഷി ചിത്രകേതുവിന്റെ കൊട്ടാരത്തിലേക്ക് ഒരു ദിവസം വന്നു രാജാവിനോട് തത്വോപദേശം ചെയ്യാമെന്ന് ആഗ്രഹിച്ചുകൊണ്ടാണ് അങ്കിരസ് വന്നത് പക്ഷേ രാജാവിന് ചില ആഗ്രഹം നമുക്ക് എന്തെങ്കിലും പ്രബലമായ വാസനയും ആഗ്രഹവും ഉള്ളപ്പോ ആത്മവിദ്യ ഉപദേശിച്ച ഫലിക്കില് ആ ആഗ്രഹം പൊന്തിക്കൊണ്ടുപോയേ എനിക്ക് ഉള്ളിലും ബ്രഹ്മവിദ്യ കൊടുക്കണം എന്ന് പറഞ്ഞാണ് അങ്കിരസ് വന്നതെങ്കിലും ചിത്ര കേതു എനിക്ക് മക്കളില്ല മക്കളില്ല മക്കളില്ല ഇതേ വിഷമം അപ്പോൾ ഒരു യാഗം ചെയ്ത് ആ ചരു കൃതദ്വുതി എന്ന് പറയുന്ന രാജ്ഞിക്ക് കൊടുത്തു ആ കൃതദ്വുതിക്ക് ഒരു കുഞ്ഞുണ്ടായി ബാക്കിയുള്ള രാജ്ഞിമാർക്കൊക്കെ കോപമായി അസൂയായി എന്താണെന്ന് വെച്ചാൽ രാജാവ് എപ്പോഴും ഈ രാജ്ഞിയുടെ കൂടെയാണ് അന്തപുരത്തിലെ അവരെയൊന്നും നോക്കാൻ പോകുന്നില്ല അതിനൊക്കെ കാരണം ഈ കുഞ്ഞാണ് ഒരു ദിവസം ഒരു കുഞ്ഞിന് വിഷം കൊടുത്തു കുഞ്ഞു വന്നപ്പോ കുഞ്ഞ് ജനിച്ചപ്പോ അത്രയധികം സന്തോഷം ഈ തീയിൽ ഇരുമ്പ് എന്ത് ചെയ്യും ആദ്യം തീയിലിട്ട് ചൂടാക്കും നല്ലവണ്ണം ചൂടാക്കിയാൽ വെള്ളത്തിൽ പൊക്കും വെള്ളത്തിൽ പൊക്കിയിട്ട് അടിക്കും കൂടെ കൊണ്ട് അടിക്കും അതുപോലെയാണ് ഈ പ്രകൃതിയും നമ്മളെ പരിഭാഗപ്പെടുത്തുക ഒന്ന് ചൂടാക്കുക എന്നിട്ടൊന്ന് തണുപ്പിക്കുക എന്നിട്ടൊന്ന് അടിക്കുക എന്നിട്ട് ഷേപ്പ് വരുത്താം അതുപോലെയാണ് ഇപ്പൊ കുട്ടി ജനിച്ചപ്പോ സന്തോഷമായി കുട്ടി മരിച്ചപ്പോ അപാരമായ ദുഃഖമായി സഹിക്കവയ്യാത്ത ദുഃഖമായി കരഞ്ഞ് നിലവിളിക്കാൻ തുടങ്ങി ഈ കുഞ്ഞ് ഞങ്ങളെ വിട്ടു പോയല്ലോ ഒന്ന് വായു തുറക്കൂ ഞങ്ങൾ അച്ഛനെ അമ്മയെ നോക്കി ഒന്ന് ചിരിക്കൂ എന്നൊക്കെ കുഞ്ഞിനോട് പറഞ്ഞ് നെല്ലൊളിക്കാണ് ഇവർ അപ്പോൾ അങ്കിരസനും നാരദനും കൂടെ അവിടെ വന്നു ആ ദിവ്യ തേജസ്വികളായി കണ്ടതും ചിത്രകേതു ചോദിച്ചു നിങ്ങളാരാണ് എന്നെ അനുഗ്രഹിക്കാനായിട്ട് ഇവിടെ വന്നിരിക്കുന്നത് നിങ്ങൾ ആരാണ് കണ്ടാൽ വളരെ തേജസ്വികളായിട്ടുണ്ടല്ലോ അങ്കിരസ് പറഞ്ഞു ഹേ രാധൻ അങ്ങക്ക് അഹം തു അങ്കിരാ പുത്രകാമസ്യ പുത്രദോസ്മി അങ്കിരാ നൃപ്പൻ ഈ പുത്രനില്ല എന്നാഗ്രഹിച്ചപ്പോ തനിക്ക് പുത്രൻ ഉണ്ടാവാനായി അനുഗ്രഹിച്ച അങ്കിരസാണ് ഞാൻ ഈ കൂടെ വന്നിരിക്കുന്നത് ഭഗവാൻ നാരദനും ഹേ രാജൻ ഒരു കാര്യം നല്ലവണ്ണം അറിഞ്ഞോള ഇതിനു മുമ്പ് ഞാൻ തന്നെ കാണാൻ വന്നപ്പോ തദൈവത്തെ പരം ജ്ഞാനം ദാമി ഗൃഹമാഗതഹാം ജാത്വാ അന്യാഭിനിവേശം തേ പുത്രമേവ ദാമ അന്ന് തനിക്ക് ജ്ഞാനം ഉണ്ടാവാനായിട്ടാണ് ജ്ഞാനം ഉപദേശിക്കാനായിട്ടാണ് വന്നത് പക്ഷേ തന്റെ അന്യാഭിനിവേശം ഒരു പുത്രൻ ഉണ്ടാവണമെന്നുള്ള പ്രബലമായ ആഗ്രഹത്തിനെ കണ്ടതുകൊണ്ട് തനിക്ക് പുത്രൻ ഉണ്ടാവാൻ അനുഗ്രഹിച്ചു പക്ഷേ പ്രാരബ്ധം തനിക്ക് പുത്രനെ വെച്ചുകൊണ്ടിരിക്കാനുള്ള പ്രാരബ്ധമില്ല അധുനാ പുത്രിനാം താപഹ ഭഗതൈവാണു പുത്രൻ ഉണ്ടായി അല്ലെങ്കിൽ ബന്ധുക്കളുണ്ടായി കുട്ടികളുണ്ടായി പേരകുട്ടികളുണ്ടായി എല്ലാം സുഖമാണ് പക്ഷേ നമുക്ക് ഏറ്റവും അധികം ഇഷ്ടപ്പെട്ട വസ്തു നമ്മൾ വിട്ടുപോകുമ്പോൾ എത്ര ദുഃഖം ഉണ്ടാവും രാഗം എവിടെ ഉണ്ടോ അവിടെ തന്നെ ദുഃഖവും ഒളിഞ്ഞുകിടക്കുന്നു അതാണ് വീത്ത് രാഗ ഭയക്രോധം ഭഗവാൻ ഒന്ന് ഒറ്റ വാക്കിൽ പറഞ്ഞു രാഗമുണ്ടോ ഭയമുണ്ട് അത് വിട്ടുപോകുമോ എന്നുള്ള പേടിയുണ്ട് ഇപ്പോ കുട്ടി മരിച്ചു പോയപ്പോ ദുഃഖം താങ്കൾ തന്നെ അനുഭവിച്ചു ഈ ഒരു ഉദാഹരണം വെച്ചുകൊണ്ട് രാജൻ ഒരു കാര്യം മനസ്സിലാക്കിക്കൊള്ളുക ഈ കുഞ്ഞിന്റെ കാര്യത്തിൽ മാത്രമല്ല ലോകത്തിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ ഒരു പോഡിലിട്ട് ഒരു തേള് കൊത്തിയാൽ അറിവില്ലാതെ മറ്റൊരു പോഡിലും കൈയിടും പക്ഷേ അറിവുള്ളവൻ ഒരിടത്തൊരു വേദനയുണ്ടായാൽ ബാക്കിയുള്ളവർക്ക് ഇതുപോലെയാണെന്നും വിവേകം കൊണ്ട് അറിഞ്ഞോണം ഏവം ദാരാ ഗൃഹ രായ വിവിധ ഐശ്വര്യസമ്പദാദയശ്ച വിഷയാജ്യവിഭൂതയ മഹി രാജ്യം ബലം കോശോ ഭൃത്യാമാഹജ്ജനേപി ശൂരസൈനേമേ ശോകമോഹഭയാർത്തി ഗന്ധർവനഗര പ്രഖ്യാ സ്വപ്നമായ മനോരഥ ഇന്ദ്രജാല പ്രകടനം ചെയ്യും ഗന്ധർവന്മാരെ ഇങ്ങനെ വന്ന് വഴി കാണിച്ചാൽ ഇവിടെയൊക്കെ സ്വർഗം ഉണ്ടാവും ദേവന്മാരുണ്ടാവും അസുരന്മാരുണ്ടാവും തിരുവനന്തപുരത്ത് ഇങ്ങനെ ഒരു കഥ കേട്ടിട്ടുണ്ട് തിരുവനന്തപുരത്ത് ഒരാൾ ഇന്ദ്രജാലം കാണിച്ചോട്ടെ ആകാശത്തിലെ ദേവാസുര യുദ്ധം എന്നാണ് മോളിൽ പടഹധ്വനി വാഴും പരിചയമൊക്കെ കൂട്ടിമുട്ടേണ്ട ശബ്ദം കുറെ കഴിഞ്ഞാൽ സ്ഥലയില്ലാത്ത കബന്ധങ്ങളൊക്കെ ചുവട്ടിലേക്ക് വീണു ആളുകൾ ഇടവും വലവും ഓടി ഉള്ള ഡിച്ചിലൊക്കെ വീണ് കയ്യും കാലുമൊക്കെ പൊട്ടിച്ചു എന്നാണ് ഇത് കണ്ടിട്ട് ണ്ടായതെന്താ ഇന്ദ്രജാല പ്രകടനം അനുഭവം വേദന അപ്പൊ ഈ ഇന്ദ്രജാലം പോലെ ഗന്ധർവത്തനം അങ്കിരസ് പറഞ്ഞു ഹേ രാജൻ ഇത് വരും ഈ കാണുന്ന ദൃശ്യമാനാ വിനാ അർത്ഥേന ദൃശ്യന്തേഹി മനോഭവ അതുകൊണ്ട് രാജൻ ഈ ദ്വൈത പ്രപഞ്ചത്തിന് ഉമ്മയായി കരുതരുത് തസ്മാത് സ്വസ്ഥേന മനസ്യ ഗതി ആത്മന ആത്മാവിനെ വിചാരം ചെയ്യും ഏകാന്തത്തിലിരുന്ന് താൻ ആരാണെന്ന് വിചാരം ചെയ്യൂ തന്റെ യഥാർത്ഥ സ്വരൂപം എന്താണെന്ന് വിചാരം ചെയ്യൂ ഈ ശരീരം സത്യമാണോ കാണുന്നവരുടെ ശരീരം സത്യമാണോ പ്രപഞ്ചം സത്യമാണോ എന്നൊക്കെ വിചാരം ചെയ്ത് ദ്വൈതയെ ധ്രുവാർത്ത വിശ്രംഭം ത്യജ ഉപശമമാവശ ദ്വൈതത്തില് നിത്യമാണെന്നുള്ള ഈ വിശ്വാസത്തിന് വിട്ട് ഉപശാന്തനായിട്ട് തീരൂ എന്ന് ഉപദേശിച്ചു ഇങ്ങനെ ചിത്രകേതുവിന് അങ്കിരസ് തത്വോപദേശം ചെയ്തു നാരദ മഹർഷി മന്ത്രോപദേശം ചെയ്തു നാരദൻ ഉപദേശിച്ച മന്ത്രം ഇതിനിടയിൽ ഒന്നുകൂടെ വൈരാഗ്യം ഉണ്ടാവണം പറഞ്ഞു കൊടുത്താലും ചിലപ്പോ കണ്ടാലേ മനസ്സിലാവുള്ളൂ അതുകൊണ്ട് മരിച്ചുപോയ കുട്ടിയുടെ ജീവാത്മാവിനെ തിരിച്ചു പിടിച്ചു അച്ഛനും അമ്മയൊക്കെ കഴിയണു അവരെ സുഖിപ്പിക്കും ആ ജീവൻ വന്നു പറഞ്ഞു ഏത് അച്ഛൻ ഏതമ്മ എത്ര ജന്മത്തിൽ എനിക്ക് എത്ര അച്ഛൻ ഉണ്ടായിട്ടുണ്ട് എത്ര അമ്മ ഉണ്ടായിട്ടുണ്ട് ഞാൻ ആർക്കൊക്കെ അച്ഛനും അമ്മയായിരുന്നു എത്ര ജന്മങ്ങൾ കഴിഞ്ഞു വീണ്ടും എന്നെ ഈ ശരീരത്തിലേക്ക് വിളിക്കേണ്ട എന്ന് പറഞ്ഞ് ജീവൻ പോയി അപ്പൊ വൈരാഗ്യം നല്ലവണ്ണം ബലമായി ആരുടെ മനുഷ്യയും ഒരു മന്ത്രം ഉപദേശിച്ചു കൊടുത്തു ആ മന്ത്രത്തിനെ ജപം ചെയ്തുകൊണ്ട് ചിത്രകേതുവിന് പുണ്യക്ഷയത്തിനായി വിദ്യാധര ശരീരം കിട്ടി വിദ്യാധരനായിട്ട് അങ്ങനെ സഞ്ചരിക്കുമ്പോൾ സംഘർഷണമൂർത്തിയുടെ ദർശനമുണ്ടായി സംഘർഷണമൂർത്തി വിദ്യാധര ശരീരത്തിലുള്ള ചിത്രകേതുവിന് ആത്മതത്വം ഉപദേശിച്ചു കൊടുത്തു ആത്മതത്വം ഉപദേശിച്ചു കൊടുത്തു ജാഗ്രത് സ്വപ്ന സുഷുപ്തി ഉപദേശിച്ചു കൊടുത്തു ലബ്വേഹമാനുഷീം യോനിം ജ്ഞാനവിജ്ഞാന ആത്മാനം യോനു ബുദ്ധേത നിത് ശമമാനുയാത് ഈ മനുഷ്യശരീരം കിട്ടിയിട്ട് ആരാണോ ആത്മവിചാരം ചെയ്ത് സ്വരൂപജ്ഞാനം നേടാത്തത് ദേഹമാണ് ഞാൻ എന്ന് ധരിച്ചു വെച്ചിരിക്കുന്നത് ശരീരത്തിനെ ഞാനല്ല എന്നും നിത്യശുദ്ധ ബുദ്ധമുക്ത സ്വഭാവമായ വസ്തുവാണ് അനുഭവത്തിനായി ആര് ശ്രമിക്കുന്നില്ലയോ അവന് ശാന്തി ഉണ്ടാവില്ല എന്നാ കുതി ശമമാക്കുന്നു യാതൊരു എന്ന് സ്വപ്നം സുഷപ്തി ഈ മൂന്നവസ്ഥകളിലൂടെയും നമ്മളുടെ അനുഭവമണ്ഡലങ്ങൾ അവസ്ഥകൾ പോകുന്നു ജാഗ്രത്തിൽ ശരീരമുണ്ട് മനസ്സുണ്ട് ഞാനുണ്ട് സ്വപ്നത്തിൽ ശരീരമില്ല മനസ്സ് മാത്രം പ്രവർത്തിക്കണവും ഞാനുണ്ട് സുഖമായി ഉറങ്ങുന്ന അവസ്ഥയിൽ ശരീരവുമില്ല മനസ്സും പ്രവർത്തിക്കണില്ല ഞാൻ എന്നുള്ള വ്യക്തിത്വമില്ല പക്ഷെ ഞാനുണ്ട് സുഖരൂപത്തിൽ ഞാനുണ്ട് അപ്പൊ ശരീരവും മനസ്സും ഒക്കെ ഉള്ളപ്പോഴും ഞാനുണ്ട് ശരീരവും മനസ്സൊന്നും ഇല്ലാത്തപ്പോഴും ഞാനുണ്ട് ഞാൻ എന്നുള്ള അനുഭവം ജാഗ്രത് സ്വപ്ന സുഷുപ്തികൾക്ക് പുറകൽ മാറാതെ നിൽക്കുന്ന ഒരു സൂത്രം പോലെ ഉണ്ട് ആ വസ്തുവാണ് സച്ചിദാനന്ദ സ്വരൂപിയായ ആത്മാവാണ് ഞാൻ എന്ന അനുഭവത്തിൽ ദൃഢനാകുക എന്ന് പറഞ്ഞു ഉപദേശിച്ചു ഉപദേശിക്കുമ്പോ അല്പം അനുഭവം ഉണ്ടായെങ്കിലും പിന്നെയും കുറച്ചൊരു അസുരവാസന അതുകൊണ്ട് പാർവതിയെ വടിയിൽ വെച്ചുകൊണ്ടിരിക്കുന്ന പരമേശ്വരനെ കണ്ട് അല്പം പരിഹസിച്ചു ദേവി ശവിച്ചു തനിക്ക് അസുരവാസനയുണ്ട് അതുകൊണ്ട് അസുരനായിട്ട് ജനിക്കുക എന്ന് പറഞ്ഞു പെട്ടെന്ന് പശ്ചാത്താപം തോന്നി ചോട്ടിൽ ഇറങ്ങി എന്ന് നമസ്കരിച്ചിട്ട് പറഞ്ഞു അമ്മയെ ശാപമോക്ഷത്തിനായി ഞാൻ ചോദിക്കില്ല കാരണം ഗുണപ്രവാഹ ഏതസ്മിൻ ശാപന്നു അനുഗ്രഹ ഈ മായാപ്രപഞ്ചത്തിൽ എന്ത് ശാപം എന്ത് അനുഗ്രഹം എനിക്ക് മനസ്സിലാവണില്ലേ ചിലപ്പോ ശാപം അനുഗ്രഹം ആവും അനുഗ്രഹം ശാപം ആവും അതുകൊണ്ട് അമ്മ ഇപ്പൊ എന്നെ ശപിച്ചത് അനുഗ്രഹം എന്ന് തന്നെ ഞാൻ കരുതുന്നു വരാൻ പോകുന്നതിനെ മുൻകൂട്ടി പറഞ്ഞു അത്രയേ ഉള്ളൂ അതുകൊണ്ട് ഞാനിതാ നമസ്കരിക്കുന്നു അമ്മയുടെ മനസ്സ് വിഷമിപ്പിച്ചതിന് നമസ്കരിക്കുന്നു എന്ന് പറഞ്ഞ് സ്വീകരിച്ചു ആ ജന്മമാണ് വൃത്രനായിട്ട് ആ വൃത്രജന്മത്തിൽ പൂർവജന്മത്തിൽ സംഘർഷമൂർത്തിയുടെ ഉപദേശം ഫലിച്ചു അങ്ങനെ സ്വയം ജ്ഞാനനിഷ്ഠനായി വൃത്തൻ ശരീരം ഉപേക്ഷിച്ചു അങ്ങനെ